ോമിന്റെ വേണ്ടി ഉപകരിക്കേണ്ട കുറെ അൽഫാമുണ്ട് അതിന് മേന മാറ്റി വെച്ചറങ്ങുന്നവർ ഹെൽമെന്റിന് വേണ്ടി പ്രയോഗിക്കുന്ന മേനകളെ മാറ്റിയിട്ട് വകുപ്പ് മാറി ചിലവാക്കി അങ്ങനെ കുറെ അത് പ്രയോഗിക്കുമ്പോൾ ഇതാണ് അതിന്റെ ഉദ്ദേശം നിന്നിപ്പം വന്നുപോകേണ്ടതെന്ന് വയ്യ അക്കം മാറിന് വിശാല വയ്യ മൂപ്പർ പറയുന്നു വേറെ സ്വന്തത്തെന്ന് പറഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് സ്വന്തത്തെന്ന് പറഞ്ഞ അടുത്താൽ കോലുണ്ടെന്ന് വെച്ചാൽ തെറ്റില്ലാത്തതിൽ അർത്ഥം വെച്ചറിഞ്ഞു എന്റെ കലമത്തിൽ വേണിംഗ് എടുക്കാം വെള്ളി എടുക്കാം എന്നുള്ള അവസ്ഥ ആപ്പത്തിലേക്ക് എന്താ എത്തിച്ചു അപ്പൊ കുന്നത്തിന്റെ വേനൽ വേണിംഗ് എടുക്കാം വേണ്ടി എടുക്കണ്ട എന്ന് ആര് വരുന്നതാണ് ഇരിക്കുന്നു അപ്പൊ പ്രത്യേകതങ്ങനെയല്ലേ വേണിംഗ് എടുക്കാം വണ്ടി എടുക്കണ്ട ഇങ്ങനെ കുന്നത്തിന്റെ വേന അതെല്ലാം മാറ്റിവെച്ച ജാസ്തി കൊടുക്കുമ്പോൾ അവരിൽ ജാതിമായ തലവ് വൈവ്യമായ തെളിവ് എന്നാണ് ഉത്തേജിക്കത്തിൽ അല്ലെ ഈ തലവ് ജാതിമാണോ വൈറോ ജാതിയമാണോ എന്ന് ഞാൻ തീരുമാനിച്ചു ആകാ തലബ് ജാതി മമ്പിള്ളി അതാ തലമു വൈവജാതി മെമ്പിള്ളി എന്ന് അങ്ങനെ ആമീപിച്ചിട്ടുണ്ടോ അതാ വളർന്നിരിക്കുന്നത് പുഹായ ഇത് ജാസിമാണോ ഓരോ ജാസിമാണോ തയ്ക്കും പുന്ന് അധികാരം നോക്കുന്നത് പറഞ്ഞാളെ മനസ്സിലുണ്ടായിരുന്നു ഇത് ജാസിമാണോ ഏജാസിമോളത്ര കർശനമായി പറഞ്ഞല്ല എന്ന് തീരുമാനിക്കണമെങ്കിൽ പറഞ്ഞാൽ പറയേണ്ട അതിന്റെ അച്ഛനെല്ലാം ഇങ്ങനെ കുടിച്ചെടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം ഇഷ്ടമില്ലെങ്കിൽ എടുക്കണ്ട ആർക്കിഷ്ടമുണ്ടെങ്കിൽ നമുക്കിഷ്ടമുണ്ടെങ്കിൽ എടുക്കാം വേണ്ട ഈ മായന എടുത്താൽ കിട്ടിയെന്ന് നമുക്ക് നല്ല ചിന്തയിൽ വെച്ചിട്ടില്ല ആ മായന ആര് അവതരിപ്പിച്ചു വെച്ചാ അഞ്ച് കരിമാസ് അർത്ഥം മാറി വെച്ചുപോയുന്നവരും അപ്പോ ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്ന മായന ഒന്ന് വേറെ ഇന്ന് പ്രയോഗിച്ചുണ്ടാവുന്ന വായന ഒന്ന് മാറി അയിമാറി അതെ തമിഴ് ിൽ മതവൂമത്തിൽ മതവൂമത്തായ കുറെ എൽമ പറഞ്ഞിട്ടുണ്ട് യാതൊരു ഭാഗ്യമില്ലാത്ത കുറെ എൽമ സമയം കളയാനല്ലാത്ത വാദ ഭാഗ്യയില്ലാതെ ഷെറയ്യായ എളും പറഞ്ഞിട്ടുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലർന്ന് ഇൽത്തിബാസാകാൻ കാരണം എന്താന്ന് ഷറയ്യായ ഒരോമിന്റെ ഭാഗം ഒന്തി പേരുണ്ടല്ലോ അതെന്തായി മതവൂമായ എലമിന്നങ്ങൾ ചാർത്ഥിക്കും അപ്പോൾ ഈ ആ ഇന്ന എരുമ പഠിക്കണമെന്ന് അതീതിയിലോ ആയത്തിലോ വന്നു കഴിയുമ്പോൾ നമുക്ക് ദീ എമ പഠിക്കണം എന്നതിലേക്ക് എത്തിച്ചേരും ഇങ്ങനെയാണ് ഉദാഹരണത്തിന് ചേഹരന്റെ എലിമിന്റെ ഹെറ്റിമത്ത് എന്ന് കഴിഞ്ഞ് കൊടുത്തു അപ്പോ അന്ന് ഹെറ്റിമത്ത് കൊടുക്കും എന്ന് പറഞ്ഞുണ്ടാകും സിഹരന്റെ എലിമ കൊടുക്കും അസംഗ അപ്പോൾ ായ ഇമേത് മർമുമായ ഇത്മേത് എന്ന് എത്തിപ്പാക്കാനുള്ള കാരണം എന്താണെന്ന് അന്നല്ല ഖബർ പറയേണ്ടത് തഹരീഫുൽ അസാമിൽ മഹമൂദ സുത്യഗ്രഹമായ കുറെ പേരുകളുണ്ട് ഏതിന്റെ ചെറയ്യായ ഇൽമിനായിരുന്നു അള്ളാന്ന് കൊടുത്തിരുന്നത് ആ പേരെന്താക്കുന്നത് തഹരീഫി ഒന്ന് അപ്പൊ ആ തകുദീരി തകുദീരുഹ അതിനെ മാറ്റിമുറച്ചു പകരം മറ്റൊരു وان اكدوها अदर नकलयो अबंद अल्लाह ये वन मरमुदात आय पेरे तहदीफा की अदर पगरम भाव कोदते नकलयो अदर नकलयो इल अलराबिल फातिद फातिद आयचे ररबुल वचूंडा अल नकलयो इलामा देवडते नकलय इलामा हनी हिना मानेगले नकलय ती गैरा मा रादाहु सल्फु सालिह वल करुल अवलो ഒന്നാം നൂറ്റാണ്ടിലും കഴിഞ്ഞുപോയവരും ചിലപ്പുസാന്നിഹ്യങ്ങളും ഉദ്ദേശിക്കാത്ത പുതിയ ഒരു അർത്ഥത്തിലേക്ക് അതിനെ തിരിച്ചുവിട്ടുകൾ എന്ന് പറഞ്ഞു അപ്പൊ ഈ തിരിച്ചുവിട്ടത് ഏതായിരിക്കും മതമുമായ ഇൽമു തിരിച്ചു പറഞ്ഞാലും പഠിക്കണമെന്താ പറയും ആളെല്ലാം പഠിക്കാതെ അപ്പൊ ഇതിനുള്ള ചെലവാകാനുള്ള കാരണം ഈ മറ്റേതോ അത് എത്ര അത്ഭാതങ്ങൾ മാറിയിട്ടുണ്ട് പെ ഹംസോ അഞ്ച് ലഭുണ്ട് ആ ഒന്ന് കിഫ് സിഫിനിന്റെ അവിടെ തന്നെ ഒരു ലെക്കിടെ ഉണ്ടായിരുന്നു കഫീസാണ് കഫീസ് എന്ന് പറഞ്ഞാൽ ആമായി പ്രയോഗിക്കേണ്ട കാര്യം ഖാസാക്കി തെളിഞ്ഞു കൊണ്ട് ആമായ ലെപ്പത് ഖാസായ ഒരു പന്നിലേക്ക് മാത്രം എന്നായി ഉപയോഗിച്ചു അപ്പൊ ആമ് പറഞ്ഞതാ ഖാസ് ഉദ്ദേശിക്കുമ്പോൾ എന്നായി മജാദാവും ആമിന്റെ ഖാത്തിലേക്ക് വരയ്ക്കിയ മജാദന ഹരമാൻ എന്ന് മാത്രം പറഞ്ഞാൽ ഹാസം ഉദ്ദേശിക്കുമ്പോൾ ആടുകൾ ഉദ്ദേശിച്ചാൽ എന്താ ഹാസ്റ്റിന്റെ അപ്പൊ മജാദാവില്ല നക്കലാ എന്ന അവസരത്തിൽ മജാദാവൂല അത് ഭാഷാപരമായിട്ടുണ്ടെങ്കിലുണ്ടെന്നില്ല നെക്കലെന്ന് പറഞ്ഞാൽ അസില് വേണ്ടത് ഇങ്ങനെയാണ് പക്ഷെ ഭാഷയിൽ തന്നെ നെക്കല് പ്രത്യേകിച്ച് തോന്നുന്നത് അപ്പൊ ലോക ലോകത്തിൽ തന്നെ ഉണ്ടല്ല മംഗോലം മംഗൂലം എങ്കു ഏതുപോലെ ദാമ്പത്ത് എന്ന് പറഞ്ഞു ദാമ്പത്ത് എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ പ്രയോജനം ഏതാണ് എല്ലാം അന്നാമല്ലാത്ത തകല വസ്തു ശരിക്കുന്ന എല്ലാ വസ്തുക്കളും മറ്റു മൃഗങ്ങൾക്കില്ല ജീവനുണ്ട് മൃഗം എന്ന് പറയുന്നില്ല ഭൂമിയിലെ മായ പോലെ നടന്നാണ് ആമ ലോകത്തിൽ തന്നെ എന്തുണ്ട് നാലുകാലുള്ള മൃഗത്തിനും പറയുന്നുണ്ട് അപ്പം ആമമായ ഒരു മായനയിൽ നിന്നുണ്ടാക്കി നാല് ഹാട്ടായ മാനയിലേക്ക് നെക്കൽ ചെയ്തു നെക്കൽ ചെയ്തിട്ട് പ്രയോഗിച്ചാലും തന്നെ ലോകത്ത് തന്നെയാണ് മജാസാവില്ല മജാദ പറയുന്നതോടെയാണ് പറ്റുന്നത് മറ്റേ ഭാഷക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടല്ല ദാമ്പത്തിന് രണ്ട് പ്രയോഗം ഉണ്ട് നസലിയായ പ്രയോഗം ഒന്ന് രണ്ടാമത്തെ പ്രയോഗം രണ്ടും ഭാഷ അപ്പൊ എന്താ ഈ ദാമ്പത്തിന് മൃഗം എന്ന് അർത്ഥം വെച്ചാൽ എന്തല്ല മജാതല്ല തന്നെയാണ് പക്ഷെ മംഗൂലായ ലോക്കൽ അപ്പൊ സിഖിന്റെ അവിടെ പ്രയോഗിച്ചത് തസ്തീസാണ് നക്കലല്ല തസ്തീസാണ് ഈ പറയുന്നുണ്ട് അതാണ് ഓർഡിക്കുന്നത് അങ്ങനെയാ സിക് സിഖിൽ പൊതുവേ ഇസ്രാം ദീന്റെ ഭാഷയിൽ പറഞ്ഞാൽ നീലിൽ അനിവാര്യമായ എന്തൊക്കെയുണ്ട് എല്ലാം പണം أدعو يفكه في الدين إن السلامة سمع قارم دهي شكه ينبرنا الأكير يمالا فصفكم والا تاريخ ومالا لعوم والا ترك الخير وفالنونا نمضينا صوت فإنن دهي شيء ينف إكثمه ونع دهي أبرو يفكه في الدين في حديثة أطمى ثمان لكم في كين دهل مورد فيكم أبرو يفكه في الدين ആദ്യ പോ അമ്മ അതൊക്കെ അതിലും ഒന്നുമില്ല ഷാഫി മാമര് സബ്യം ആകൊന്നും ഇല്ലോണ്ട് കൊറേ പോയാ ഒറ്റ കറിയാം മുലർക്കാം ബാക്കിയും പോവാ അതെ അപ്പൊ ദീനൽ അനിവാര്യമായ എല്ലാ അറിയിൽപ്പെട്ട ഒരു ശാഖ മാത്രമാകുന്നുവെങ്കിലും അത് ഉണ്ടു അതിനപ്പുറം പറയുന്നുണ്ട് ഇപ്പൊ കിട്ടുക എന്നുള്ളത് ഇതിനെ ഉൾക്കൊള്ളിക്കൂല്ലേ ഉൾക്കൊള്ളിക്കും കിക്ക് എന്നുള്ള വിശാലമായ അർത്ഥത്തിന് ഇതും പെട്ട് നമ്മൾ പറയേണ്ട വിശാലമായ അർത്ഥത്തിന് പറയേണ്ട ഇതിനെ മാത്രം ഉപയോഗിച്ച് അങ്ങനെ തന്നെ അത് വിടുവല്ല ആന്മാരീതി അതായത് ഈ ഇൽമിന് എന്താണെന്ന ഇത് എന്താ പഠിപ്പിക്കും ഇത് മാത്രം പഠിപ്പിക്കുന്നില്ല ഇങ്ങും പറയുന്ന അർത്ഥം രണ്ടാമത്തേതാണ് ഇൽമെന്നുള്ള കൂടെ ഇൽമെന്നുള്ള രസ അൽമ നമ്മളെ ഉദ്ദേശിക്കുന്നത് അൽമ് അൽ ഇൽമിന്റെ മാനിയും ഇൽമിന്റെ മാനിയും രണ്ടും രണ്ടാമത് അത് മുമ്പേ പറഞ്ഞില്ല അൽമ അൽ ഇസ്ലാമ് ആ ഇൽമാൻ ഉമർ റഫിയാൻ ഒമ്പാത്താലോട് കൂടെ തൊന്നൂ പോലും മറഞ്ഞുപോയി എന്ന് പറഞ്ഞത് അതേ അവസരത്തിൽ ഇൽമാണോ മതിക്കിൽ പറഞ്ഞ ഇൽമുണ്ട് എന്താണോ മനസ്സിൽ പറയുന്നത് അതെല്ലാം ഇൽമല്ലേ അത്മർ റഫിമാനിന്റെ കാലത്ത് പൂർവോപരി വർദ്ധിച്ച എന്തെല്ലാം എലിമുണ്ട് എന്തെല്ലാം എരുമുണ്ട് ലോകത്ത് നടക്കുന്നുണ്ട് എത്ര കോളേജുണ്ട് എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട് അപ്പൊ ന്യൂറോ ഫാമിലിമോന്ന് ഏത് എൽമുയർത്തപ്പെടുന്നു കേമൽനാളിന് എല്ലാ ഇരുമ അ നിങ്ങളുടെ ഹജി കടകാതെ എല്ലായിരുന്നു കേമർനാട് അല്ലാമത്തെ ന്യൂറൊഫാമലി എൽമോ എൽമുയർത്തപ്പെടുന്നു ഏടെ എൽമുയർത്തപ്പെട്ടു പണ്ടത്തിനെ കാണാ എത്ര എത്ര കോളേജുകൾ പണ്ട് ആകെ വേരൂരിലേക്ക് പോകണോ ചൂളം കഴിച്ചിട്ട് ഭാഷ ഇറങ്ങിയാണ്ട് ഭക്ഷണം അറിഞ്ഞില്ല ഇപ്പൊ നാട്ടിന്റെ പോലെ എഴുതന്നെ മൂലക്ക് പണ്ട് കാട്ടുകളുടെ മൂലക്കെ നൽകി കൂടാതികളാകുന്നു എന്തെല്ലാം സ്ഥലത്തുകളാണ് ഇപ്പൊ എൽമുണ്ട ഉയർത്തപ്പെട്ടിട്ടുണ്ട് എൽമുയർത്തപ്പെടും ജലി പരക്കൂന്നും പറഞ്ഞു നേരെ എഴുതി ഇപ്പം കാണുന്നു എൽമിട്ടുണ്ട് ഇരുമ ജ പരന്നിട്ട് പക്ഷെ ഹരി പറഞ്ഞ ഇന്മ ആ മറപ്പ് അലിൽമുയർത്തപ്പെടും എന്നാണ് ഇവിടെ പരവ് ഏതല്ല അല്ല കുട്ടിക പിന്നെ മൂന്നാമത്തെ ഏതാ സൗഹീദ തുറന്നുപോടൻ സൗഹീദല്ലേ പറഞ്ഞു എല്ലാം തോന്നിയതല്ലേ സൗഹേദ് കടലാസ് സൗഹീദ് പള്ളി സൗഹീദ് സ്കൂൾ സൗഹീദ് ചട്ടുകം സൗഹീദ് ഫ്ലാസ്ക് എല്ലാം സൗഹീതല്ലേ ഭയങ്കര തോന്നിയതല്ലേ ഒരു സിലാമുദ്ദേശിക്കുന്നുണ്ടാവീ രേത് ഈ ഇന്ന് പറഞ്ഞതും പ്രചരിപ്പിക്കുകയും മഴപുറാൻ നടക്കുന്നുണ്ട് ഈ രേത് നമ്മൂതിന്റെ പല്ല മാറിയും നാലാമത്തെ ടതുക്കീർ ചതുക്കീർ കുറാനിലുണ്ട് പതക്കീർ പ് നിങ്ങൾ ഉപദേശിക്കുക അവർക്ക് പതിനഞ്ചെയ്യും ഏത് പ്രദേശം ഇന്നത്തെ പ്രദേശം വൈകിട്ടും കെട്ടിയിട്ട് കുറെ സൂപ്പർ മാർക്കറ്റിലുണ്ടല്ലോ വായിക്കൊള്ളുണ്ട് കക്കുകത്തിന്റെ മാർഗം മുതൽ ഞാൻ പെക്കെന്ന് ഉപയോഗിച്ചിട്ട് തക്കാളി തക്കാളി വരെ കൊണ്ടുവരും ത്തിണ്ടാകാനും ഗീകാല വറുക്കത്തുണ്ടാകാനോ മറ്റേതാകാനോ ഇതാകാനും ഇതകാല തക്കെള്ളിക്കാനോ നിന്നെ പോരാത്ത് വിശ കിട്ടാനും അനാലായ മണാതെ കഴിച്ചാകാനും ഈമാനോടെ പുറത്താകാനും നൂറ് ഗ്രാമ തക്കാളി ഒരാൾക്കാണെന്നു എന്തുകൊണ്ടാണ് സൂപ്പർ മാർക്കറ്റ് കൊണ്ട് ഞാൻ ഇപ്പോൾ തടക്കിയത് അൽപരാട്ട് എത്രയാളോ മസാല പഠിച്ചത് എൽബിദാനി ഉത്ബോധനത്തിന്റെ മക്രണം എൽബിദാനി അഞ്ചാമത്താൽ പോവാണിലിന്റെ ഹൃത്യ ഹിക്കുമത്തീറാം പക്ഷെ ഹിക്കുമത്ത് എന്ന് പറയുമ്പോൾ ഹിക്കുമത്ത് വേദായി എന്നിട്ട് പാചകം ആശയം ശബ്ദമുണ്ട് കുറച്ച് കടപ്പും കൂടാതെ ഡത്ത് കുറാജുമാരിതായ പേര്ത്തല്ലേദി അസാദി മഹമൂദ അതിനൊക്കെ കേട്ടാ നല്ല മഹമൂദക്കായ പേരുകളാണ് ഈ പേരുകളെ കൊണ്ട് വസ്ഫസിപ്പിച്ച ആളുകൾ ഇതുകൊണ്ട് പേര് സിദ്ധിക്കുന്നതാണില്ലേ അതുകൊണ്ട് മുത്തച് മുബാഷിദ് അവർ ആരായിരിക്കും അർബാബു മനാസിദ് ഉന്നതമായ പദവികളുടെ നേതാക്കന്മാറാണ് ഷാഫിഅന്റെ ഫീഹായിരുന്നു ആരി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു വലാ ചിഹ്ന എങ്കിലും ഈ പേരുകള് ആന ഇപ്പോൾ ഞാൻ ചെയ്യപ്പെട്ടു ഇല മഹാനി മധു മധുമൂമത്തായ കുറേ നയയിലേക്ക് അപ്പൊ പസാറത്തിൽ കൊല്ലും നല്ല നല്ല കൽവുകളാകാൻ തുടങ്ങി തംഹിറു അൻ മതി മതി അയ്യത്ത മഹാനീഹ ഈ മഹാനി കൊണ്ട് മുത്തസിഫായ ആളാ പസാറത്തിൽ കൊല്ലുമ്പോ തംഹിറു അൻ മതിമ്മതി മിത്തസീ മഹാനിയ ഈ മഗ്മൂമ്മത്തായ മാനിയിലേക്കല്ലേ ഞമ്മ കൊണ്ടത് അതുകൊണ്ട് മുത്തസിഫാന്ന് ഇപ്പം മുത്തസിഫാകുന്ന ആളില്ലേ ആ ഓർക്ക് വരുന്ന ആക്ഷേപങ്ങളെ തൊട്ട് നമുക്ക് കൂടെ ഉണ്ടാവുന്നത് അതായത് ഈ ഗ്രന്ഥം ചാരാൻ അയാളുടെ സഫീഹാണ് വല്ല ഓനെ കിട്ടിയേ സഫീഹെന്ന് പറഞ്ഞാൽ ഈ കൊടുത്തു വലിയ ഓനി ഇന്ന് മഗ്മൂമ്മത്തായ മാനിയിലെ ആൾ കേൾക്കുന്നതല്ലേ ഓന ഓരീക്കത്തെ നിക്കിൽ കണ്ടെന്ന് പറഞ്ഞു ഓനെത്തിയത് എന്തുകൊണ്ട് തരീക്കത്തുന്നവർ നിക്കിൽ കണ്ട തന്നെ വർഷത്തിലേക്ക് ദൗതി വിട്ടല്ലിപ്പോ അപ്പൊ പുതുതായി കേൾക്കുന്ന ആരീക്കത്തേക്കാണ് ഈ നിക്കൽ കൈ തന്നെ അതൊരു ഈ അവസാനമുള്ള ആളുകളെ ആരും വിമർശിക്കാനും നിൽക്കൂല ഇപ്പൊ വിമർശനത്തിലേക്ക് എത്തിയത് ഇത് ഇസ്ലാ ഖാദി ലാമി അല്ലെങ്കിൽ എന്ത് കാരണത്താലും ഈ പേരുകൾ ആർക്ക് പ്രയോഗിക്കാൻ തുടങ്ങി ഇപ്പൊ ഈ മകമുമ്പത്തായ ആളുകൾക്ക് ആളുകൾക്കാണ് പ്രയോഗിച്ചത് ഓരോ പണി നോക്കിയെ ഇങ്ങനെ പ്രതീക്ഷകളെ പണി ഇങ്ങനെ നോക്കി അപ്പൊ കുറച്ചാള് ചിന്തിക്കും കുറച്ചാള് ഇതുപോലെ തന്നെ മറ്റൂരുള്ളോ നക്കുമ്പോ ഒന്നാമത്തെ ലഭ്യത നടന്നത് നക്കലുണ്ടായിട്ടില്ലാത്ത നക്കളും തക്കീസും അർത്ഥം പറഞ്ഞു ഒന്നും വരാത്തായിരിക്കും ഹബീകത്ത് തന്നെയായിരിക്കും ഇതാന്നുണ്ട അല്ല ഇത് എല്ലാം ഉണ്ടോ ഇതൊന്നും ആരിഫന്തിനാണത് ഇത് ഹത്തോബി ഇപ്പോൾ എന്തായി തഫീസാക്കിയപ്പോള് ഈ സിസിന് തഫീസാക്കിയത് വരീബായ പൊറോയത്തെ എന്തെല്ലാം കൗരം കീഴുണ്ട കൗരമ കുടിച്ചിട്ട് വച്ചിട്ട് പോലുണ്ടോ അതിന് അതിനൊക്കെ ഇപ്പൊ ഒരു ശീലമുണ്ടോ എന്നിങ്ങനെ നോക്കി നോക്കി നോക്കിട്ടുണ്ടോ കുറെ സമാഹാരം ഉണ്ടാവും അതെല്ലാം അറിഞ്ഞ അതെല്ലാം സിക്സ് അയ്യറിഞ്ഞോളാരി അതെ പത്താപയി അതുപോലെ വൽവക്കൂട്ടി അല ഡായിട്ട് ഇലഹ ഈ പുറോയിയായ വരീപായ മസല ഉണ്ടല്ല അതിന്റെ ഇല്ലത്തുണ്ടാവും ഇല്ലത്ത് എന്ന് പറയുമ്പോ ഇല്ലത്ത് കുടുങ്ങിയാൽ അത് എടുക്കപ്പെടും ഇന്നതുണ്ടായ തള്ളപ്പുറന്നൊക്കെ പറയുന്നത് അതിന്റെ ഇല്ലത്തുകൾ അതുപോലെ ഇഷ്ടൽ കരാമിഹ ആ സുറോയിയായ മസലുകളിലുള്ള കരാമിനെ പെട്ട് പെരുപ്പിക്കുക അങ്ങനെ പെരുപ്പിച്ചിട്ട് ചിലപ്പോ രണ്ടിട്ടുള്ള തീരുന്ന കാര്യങ്ങളും കൊല്ലങ്ങളോടും ചർച്ച ചെയ്താലും തീരലുണ്ടാവില്ല വഹസിൽ മക്കാലാത്തിൽ മുത്താലില കത്തിരിഹ ഇതുമായി ബന്ധപ്പെട്ട കുറെ മകാലാത്തകളെ കാണാൻ പോരാക്ക് വെച്ചാൽ ആ മൊട്ടാക പണിയിട്ടുണ്ടായോ ഫിറ്റുഹുമായിട്ട് വെട്ടിമറിയുന്ന ആളായി ആളാരുമായി കീരുമായി അതാകെ പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഓർക്കൊന്നും നോക്കുക മുന്തിയ പേര് സമയങ്ങളൊരു പരിപാടി വെച്ച് കെട്ടി എന്നാൽ കൂട്ടി താണ് അപ്പൊ സമൻകാന അശബ്ദ താൻമുഖം സിഹ ഈ പുറോഹിയായ മസലകളിലെ ആഴത്തിന് ഏറ്റവും താൻമുഖായും ഒരാള് ബന്ധപ്പെടുന്ന ആളായിഖാനം മിഹ അതുകൊണ്ട് കൂടുതൽ നേരം കൂട്ടുന്ന ആളും യുക്വാഹു അവന്റെ പേരെന്തായി അല്ല അക്രഹൃദന പേരായിട്ട് നല്ല പേരും പൊടിയിട്ടിപ്പടത്തിമതിയിലായി അക്ഹായമാണ് അപ്രതുകൊണ്ടെല്ലാം പൊട്ടിട്ട് രണ്ടോ തീരാൻ പോകും ഉം ഹത്താടെയാണ് രണ്ടോ താമറ്റിന്റെ അസീതിന് പോലെ ഹത്ത അങ്ങനെ അങ്ങനെ ഉൾക്കിടന്നു ഹത്തന്നല്ല കനും കൂടിയില്ലേ അലക്ക് കനും കുറവല്ലേ അലവചറിന്റെ വിഷ് അത്ത അച്ഛൻ നോക്കനല്ലാ ഇരുന്ന് മുശ്ദ്ധായ അച്ഛനുണ്ടിരുന്ന് അലക്ക് ശ്രദ്ധയില്ലാത്ത ഒന്ന് ഉം അച്ഛനം ഹാവ് ഉൾക്കാവും ഇയാവു വന്നു അപ്പുറം അയനും ഇല്ലാമോ ഇയാവു വന്നു പക്ഷേ ശ്രദ്ധ വന്നു ശ്രദ്ധ മക്കനും കൂടിയില്ലേ അല എങ്ങനെ താങ്ങി കാലം ഒളിഞ്ഞോ മുസമ്മിനെ ചറഹങ്ങളെ ഹെറ്റ കാലം നമ്മൾ വിസ ഇല്ല പക്ഷേ കുട്ടികളോട് ഓടിക്കണം നമുക്ക് ഹത്ത എങ്ങനെ കിടന്നു അല എങ്ങനെ താങ്ങി മുസ്ലിമെടുക്കില്ല അത്യാവശ്യത്തിൽ പിന്നെ സാധാരണ എങ്ങനെ ചിദ്ധത്തിന്റെ അറഫാണ് ചിദ്ധത്തിന്റെ അറിപ്പിന് മറ്റേ നയിപ്പല്ല അയിനി അതിന തപസ്വത്താണ് ലാന്ന് തപസ്വത്താണ് യാതാണ് കൃഷ്ണമാണ് അതിന്റെ മുകളിൽ ഇനി ചിദ്ധത്തിൽ അക്ഷരമാണ് താ ശ്രദ്ധോടുകൂടെ അങ്ങനെ കടന്നു ഈ അല എങ്ങനെയാണ് ഹത്തനെ താങ്ങി എന്നാണ് ഞച്ചത് അപ്പൊ ഇതാ ഇന്ന് സംഭവിച്ചത് ഇനിയോ പഴയ കാലത്ത് ഉണ്ടായിരുന്നു അതല്ലേ വലക്കത് ആദ്യത്തെ കാലഘട്ടത്തിൽ വേണ്ടി പ്രയോഗിക്കപ്പെടുന്നതായിരുന്നു ആഫാത്തിന്റെ കൂടുതലായ അതിന്റെ തക്കായിക്കളുടെ അറിയിലും ഉന്മലും ഉപയോഗിക്കപ്പെടുന്ന സാധനമായിരുന്നു നിൽക്കുന്നുള്ളത് അതുകൊണ്ട് അഴമാനികളെ ഫസാദാക്കേണ്ട കാര്യം എന്തുണ്ട് വി ആ അമലിന്റെ ഫസാദാത്വം അമലിനെ ഫസാദാത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ അറിയാൻ വക്കൂമ്പത്തിൽ നിഹാത്ത ഹക്കാറത്തിൽ ദുന്യാ ദുന്യാവിന്റെ ഹക്കാറത്ത് എത്ര മാത്രമുണ്ട് അതിന് വിശാലത എന്നതിനെപ്പറ്റിയുള്ള ആഴത്തിലുള്ള അറിവ് ആ ഞാത്ത കത്തിയത വളരെ നമുച്ചമാണ് എന്നുള്ള ആ അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വത്തില്ല അതുപോലെ ആഹത്തിന്റെ ആ ആ എന്താ കണ്ടിട്ട് നോക്കുന്നുണ്ട് തത്തല്ലുൾ അതിന്റെ പിറ്റത്തിലേക്കും വത്തിയിലി കൽബിന്റെ മേലിൽ അന്നാനെപ്പറ്റിയുള്ള ഹൗസ് നറുക്കപ്പടങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള പ്രയോഗമായിരുന്നു പഴയ കാലത്ത് ചിക്കരുതെന്ന് പറഞ്ഞാൽ അതിനെന്താ കാനി കൗതുഹു പറഞ്ഞിട്ടുണ്ട് വേണ്ടി എന്നാ പറഞ്ഞത് ഒരു കൂട്ടർ അതിനായിട്ട് അംഗത്തിറങ്ങിക്കൂടെ എന്നാ ചോദിച്ചു പറങ്കുല്ലി ചുരുക്കത്തിൽ വീണിൽ തപക്കുഹിന് വേണ്ടിയിട്ട് ഒരു കൂട്ടർ അംഗത്തിൽ ഇറങ്ങാത്ത എന്തിനാ തകർക്കു വലിയ ഒന്തിറും കൗമഹം അവർ തിരിച്ചു വന്നാൽ ഉണ്ടാക്കണം മകളെ കൗമൻ നിന്താറാക്കാൻ വേണ്ടി ചെയ്യുന്ന അവർ അപ്പൊ എന്ത് പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് നടത്തേണ്ടത് ഇന്താറ് നടത്തണം അപ്പോ ഈ ഫത്താമകളും കുറെ കരീബായ കൗലിയും കീലിയും വിളിച്ച് വന്നിട്ട് ഇവിടെ അന്ന് നിന്താറാക്കൽ എങ്ങനെ തന്നെ വയ്ക്കുന്നത് ഇവിടെ പഠിച്ചിരുന്ന് ഉപയോഗിച്ചിട്ടല്ലേ വലിയ ഇന്ദിറോ മിഹീനല്ലവർന്ന് വലിയന്തിരോ കൗമഹിതം അതുകൊണ്ടല്ലേ അതാ ചോദിക്കുന്നത് നാട്ടിലേക്ക് മുടങ്ങി വന്ന ബാക്കി ജനങ്ങളെ ഇന്താറും തഹവീഫും എന്തുകൊണ്ടാണോ കരുത്തമാക്കുന്നത് ആ ഇൽമ് ഹുവഹാദൽ ഞാൻ ഇപ്പുറത്തെ ചിറ്റിതാവ് തരീക്കൽ മുസ്ലാസുല്ലെ കുറിച്ചിട്ട് ദുഞ്ഞുമാണെന്നറിയത് പരലോകം പല ലോകത്തിന്റെ അയിമ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ എന്തൊക്കെ എന്താ ഉറക്കുന്നു ഇതിനുള്ള കുറെ കോലിംഗീലും പൊടിച്ചു വെച്ച് തലാക്കിന്റെ കോലിംഗീര പിന്നെ ഇട്ടിട്ടില്ലേ ധ്യാനി മതിമക്കാവും നമ്മിൽ ശബിച്ചിട്ട് പിരിയുന്ന ധ്യാനി അതുപോലെ സ്ഥലമിജാറത്ത് ഈ തക്രിയാത്ത കൊണ്ടൊന്നും ഹിന്ദാറും അടച്ചിലുണ്ടാവില്ല ഹിന്ദാറും ജനങ്ങൾക്ക് താക്കി കൊടുക്കില്ലേ കൊണ്ട് കഫലത്തിന് ഉണർത്താൻ വേണ്ടിയില്ല ഒരു തരത്തിലുള്ള ഹിന്ദാറും നടക്കുന്നുണ്ടാവില്ല ഒരു തരത്തിലുള്ള തക്തീഫ് ഇങ്ങനെ കൊണ്ടു നടക്കൂല കൊയ്ക്കാത്ത കൊണ്ടൊന്നും നടക്കൂല എന്ന് മാത്രമോ ഭാറുലഹു അലത്തവാം ഈ ദിനാഴ്ച കച്ചവറ്റി ഇറങ്ങാനുള്ള ആമയച്ചും അത് കൽബിനെ കറപിടിപ്പിക്കാനേ വുള്ളതാണ് യോഗത്തിൽ കൽ ആ കൽബിനെ കഥാപഥലാക്കി കളയും വയൾിക തമ്മ കൽിൽ നിന്ന് ഖഷികത്തിനെ ദൂരീകരിക്കുകയും ചെയ്യും നേരം കൂട്ടന് മാത്രല്ല കൽബിന് കഥാപഥ ഉണ്ടായത് അയങ്ങനെ നല്ല കലവ് കമാൽ ഉസാഹിദുല്ലാനമില്ല മുത്തജദീൻ അതിനായിട്ട് കച്ചവട്ടി ഇറങ്ങിയുള്ള വക്കൾ നമ്മൾ കാണുന്നത് വേണ്ടിയാണ് ചോറ് തടിഞ്ഞോ എന്താ ചോറ് കഴിഞ്ഞുകൊണ്ടാ അത് ഞാൻ കഴിച്ച നിച്ചാടെ പിന്നെ നിക്കുന്നവർക്ക് അങ്ങോ മൂന്നര മണിക്കം കഴിഞ്ഞാ ചോറ് തടിഞ്ഞു കിട്ടുവോന്ന് ഏ നി ചോറ് തടിഞ്ഞോക്കും ചോറും വായി വെച്ചു യോഗത്തിൽ ഒന്ന് കിടക്കേണ്ട ഞാനുണ്ടോ ഒരു കോഴിഞ്ഞു കിട്ടിയിട്ടുണ്ടോ പഠിച്ചു അവർക്ക് ചില കൽബുണ്ട് ആ കൽബ് കൊണ്ട് പക്കാഹത്ത് ഉണ്ടാവില്ല എന്നാ പറഞ്ഞു ആ കൽ ഉപയോഗിച്ചുള്ള പക്കാഹത്തുണ്ടാവില്ല ഏത് ഏത് പക്കാഹത്ത് വാടാ കബി ഇതുകൊണ്ട് അമ്മ മഹാണിയൂനൽ പത്താവ പത്താവന്റെ പക്കാഹത്തിനെ പറ്റിയല്ല ഈ പറയുന്നത് പത്താവന്റെ പക്കാഹത്തല്ല ഉദ്ദേശിക്കുന്നു ഇതില്ല എസ്കഹ നബിയ ുള്ളതും ഫുള്ളതും ലോകത്തിനെന്ത്െ രണ്ടുപേരാണെങ്കിലും മഹനം വാഹിതം എത്തക്കല്ലി ബി ഫീമം അപ്പൊ എന്താക്കുന്നറിയോ പഴയ കാലത്തും പുതിയ കാലത്തും ഇസ്തിമാലിന്റെ ആദത്തനുസരിച്ചായിരിക്കും ഇവിടെ വരാൻ കഴിക്കുന്നു ഓരോ കാലത്തും അനുസരിച്ചൊരു ശൈലിയിൽ പ്രയോഗിക്കുന്നു ഇനി മറ്റൊന്ന് നോക്കുക കാലം ലാത്താന ലഹന്തും അശദ്ദൂറി നാലെപ്പറ്റി മുനാസത്തി നിങ്ങളെ പറ്റിയാൽ പറഞ്ഞു ലഹന്തും അശ്ദു റഹബത്തം തീ സുദൂറി ഹിം മിന അള്ളാനേക്കാളും കൂടുതൽ പൊളി ആരെയാണ് നിങ്ങളെ പറ്റിയാ നോക്കുന്നത് മുനാഖ് നിങ്ങൾക്ക് അള്ളാനും വലിയ പൊടിയില്ല പക്ഷെ പേടി നിങ്ങളെയാണ് വേറെ കല്പര്യം എന്തുകൊണ്ട് അല്ലാനേക്കാണ് പണത്തിനെ പൊടിക്കാനുള്ള കാരണം ഇന്ന് എനിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴയകാലങ്ങളിൽ അങ്ങനെ കുടിക്കുന്നതിനേക്കാണ് പൊളത്തിലല്ലേ പൊടിക്കും ആളെന്ത് പറയും അല്ല എന്ത് വിജയിക്കുന്നില്ലല്ലേ അപ്പൊ അഹാല കില്ലത്തെ കൗപ്പിനും മിനന്നാ അള്ളാഹുവിനെ പറ്റിയുള്ള കൗപ്പിന്റെ കില്ലത്തും പിന്നെ സത്വത്തൽ ഹൽക്കി പടപ്പുകളെ തത്തു കൊട്ടുണ്ടല്ലോ അതിനെ ഗൌരവമായി കാണലും ഇവർക്കിപ്പോന്നുണ്ടെങ്കിൽ അമ്മാനെപ്പറ്റി വലിയ ഹൗഹൊന്നും ഇല്ല പടപ്പുകളെ പറ്റി വലിയ ബോധ്യം നിങ്ങളാണ് അച്ഛത്തു റഹബത്തം അവരെ ഹൃദയത്തിന് റഹ്ബത്തിന ലക്ഷത്ത് ആരേക്കാൾ അള്ളാനെത്തണം അപ്പൊ അമ്മ രണ്ടാം തര ഒന്നാംതര നിങ്ങൾ ഇങ്ങനെ വരാൻ കാരണം എന്താണ് അല്ല കില്ലത്തിൽ ജിഹിന്റെ കില്ലത്താണ് എന്ന ചേച്ചി അപ്പുറം പറയുന്നുണ്ട് അയത്തിലെ ലാസ്റ്റ് ലായു രാറ്റിന്റെ ലാസ്മോക്കിയാൽ മതി അതിന്റെ കാരണം നമ്മൾ ഇവർക്ക് സിക്ക് കൊണ്ടാണ് ഏതു ഫത്താമന്റെ കൃഷിയല്ല കുറഞ്ഞത് എഴുപത് എല്ലാ അസറാന്റെ അള്ളാന്റെ മരിപ്പത്ത് കുറഞ്ഞുകൊണ്ടിന്ന് പടപ്പുടം വരുത്തും അള്ള കാരണം അള്ളാന്റെ സ്വക്കാനത്ത് കുറഞ്ഞു വെച്ചാണ് ചെയ്തിട്ടാണ് രാറ്റിന്റെ ബാക്കിയിലുണ്ട് ഒരു ലാൻ ാലിക്കൻ നസീജത്ത് അദമിൻ ഹെഫലിൽ തസരി ആറ്റിൽ ഫത്താവ നിങ്ങൾ പറയുന്ന വീട്ടിൽ നിന്ന് സത്താവിന്റെ തസരിയാകത്തൊന്നും കാണാപ്പാടാക്കാത്തതിന്റെ കുറവാണെന്താ ഇപ്പഴത് രണ്ടാം തരവോ ഒന്നാം തെരവോ ആയോ എന്ന് അങ്ങനെ പറഞ്ഞു അല്ലാഹു നസീജത്വമായി അതമി മാ നക്കന്നാഹുവിനുള്ള നാം പറഞ്ഞ ഇൽമുതരീക്കില്ലാഹത അതുപോലെ തന്നെതാപ്പില്ലായ്മ ന്യായീമില്ലാ മുതലായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇതിന്റെ ഉറവിനാണോ അർത്ഥം വക്കാല സല്ലാഹാലും പറയുന്നുളുമാണ് പറ്റി നബീ സല്ലാ നടുത്തലേക്ക് കയറി വന്ന ഒരു വപ്പതുണ്ടായിരുന്നു ആ വപ്പുതിനെപ്പറ്റി പരിചയപ്പെടുത്തുന്നത് ഇവർ വലമാകാണ് പുക്കഹാകാണ് എന്നാണ് അത് അതിൽ ദാവ് അപോലെ അതില് മാവ്മാവ് പൊക്ക ഹാങ്ങുന്നുണ്ട് അരുമായിട്ട് മാറിയിട്ടുണ്ടാവും നമ്മക്കിപ്പോണ്ടോ പുക്കമാ ഇപ്പം കിട്ടണമെന്നില്ലല്ലോ അപ്പൊ അവർ കൊറേ പുറമായ മസാല കാണാപ്പാടാക്കി നല്ലല്ലോ ജോയന അങ്ങനെയാണ് പഴയ കാലത്ത് ഇതുണ്ടാവില്ല പൊക്കഹാദി ഉണ്ടാകുകയും ചെയ്യുന്നത് അതാണ് ഇത്രമാത്ര തകരിയാത്രം പൗരൻ കീതി ഏ ഇപ്പൊ നാടൻ മതപോ കുട്ടി മലയാക്കന്മാരും എല്ലാം ചെയ്യാമെങ്കിൽ അന്നും നോക്കാത്തല്ലല്ലോ അന്ന് അറിയപ്പെട്ട പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ എന്തെങ്കിലും ഇത് ഉണ്ടാകാൻ ഇല്ലുണ്ട് ഇത്രമാസരിയാത്ത് ഉണ്ടാകും ഇപ്പൊ അസറന്നാക്കെല്ലാം ഇജ്ഞാദിന്റെ പൗറോടുകൂടി ലംഘിക്കുന്നു ഓട്ടത്തിലിടുന്ന അസരണ്ട് ഇജ്ഞാസ് വധിക്കുന്നു അത് തടിയും തോന്നു ഇബ്രാഹിം സുഹദി റബിയാഹനോട് ചോദിച്ചു അയ്യോ അഹലൽ മദീനത്തിൽ അവനോട് ചോദിച്ചത് മദീനക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും അസ്കഹാരി അപ്പൊ സാദു റബിയന്താഹൻ എന്താ മറുപടി കൊടുക്കുന്നത് സക്കാർ അസ്ക്കാഹം അന്നാവസ്ഥാനത്ത് സക്വാ ചെയ്യുന്ന ആരാണോ അവർ നോയിക്കാണ് ഇപ്പോഴാക്കിയതെന്ന് പറഞ്ഞ അപ്പൊ പക്കാ മൂപ്പറിച്ചാർത്തടുത്തേക്കാണ് പക്കാഹത്ത് കൂടുതൽ കിട്ടുമ്പോൾ തക്കവ കൂടി വരുമ്പോൾ അതിന് എഴുതിയാണല്ലോ അതിന്റെ സമരത്തിലേക്കാണ് മൂപ്പറാക്കിയത് അസാണ ഇത് ആ സമരത്തിൽ തെറ്റിനി കാരണം വസക്വ സമരത്തിൽമിൽ ബാസിനീക്കി ബാസിനിയായ ഇൽമിന്റെ സമരത്താണ് തക്കവ ആ തക്കവ ഏറും ഓറുണ്ടാക്കും അസക്കയായി മാറും ൂലാവാ ഓരോ പദമകളും ഓരോ കേതുവിധിയും അതെല്ലാം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭഗവാനാഹു അറിയുമ്പിൽ സതീഹി കൊല്ലൽ സതീഹായ സതിഹാരെന്ന് പറഞ്ഞേച്ചാൽ പാടു മല പാല സല്ലാഹു അറിവു പറയുന്നു മല്ലം അള്ളാഹുന്റെ റഹമത്തിനെ തൊണ്ട് ജനങ്ങളെ ആശമി മുറിക്കാത്ത ആളുകൾ അള്ളാഹ് ധർമ്മത്തിലേക്ക് നിരാശപ്പെടുത്താൻ പാടില്ല അങ്ങത്താണ് വനം യുദ്ധം മക്കലില്ലാഹിത്താന അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് അന്നിലുവാക്കാൻ പാടില്ല ജനങ്ങളാ വലം റോഹില്ലാഹിത്താന അള്ളാഹുവിന്റെ അവതാരത്തിനെ തൊട്ട് അവരെ ജനിച്ചിലാക്കാൻ പാടില്ല അമ്മ ആരാ നല്ലോണം പഠിപ്പിച്ചു കൊടുക്കണം നോക്കാം മക്കനെ തൊട്ട് അന്നില്ല തന്നെ അതുപോലെ റഹമത്തിന്റെ വിശാലം അറിയുമ്പോൾ റഹ്മത്തിനെ തൊട്ട് നിരാശയില്ലാതിരിക്കുന്നു കയ്യൊഴിച്ചിട്ടില്ല അത് കൊണ്ടിട്ട് റഹബത്ത് റഹ്ബാക്കു ശേഷം മണ്ണിട്ട് വന്നെന്തായാലും അഗ്രൂപ്പിലല്ലേ ഒമഞ്ഞു അമ്മില്ല ഇബ്രാഹിം ഇബ്രാഹിം ഇസ്ലാമിനീറ്റ് മറ്റൊന്നാൽ ആഗ്രഹിക്കുന്ന അതാണ് ഇതാ ആസിയാ ഖുറാനല്ലാത്ത മറ്റൊന്നിലേക്ക് എന്തായാലും അറിയാം ആഗ്രഹം കൊടുപ്പിച്ചുകൊണ്ട് ഇതിനെ വിവാദിച്ചിട്ടില്ല ഖുറാനാക്കണം മുഞ്ചൊന്നില്ല പക്ഷെ ചിലപ്പോ വേണം കുറാൻ പെട്ടിട്ട് ചിലപ്പോ അരിച്ചെടുക്കേണ്ടി വരും അതിനർത്ഥം ഖുറാനെ വിളിച്ചെടുത്തിട്ടു എന്നല്ലാ അർത്ഥം തങ്ങളെ കൗലി ഡിവാദാ കൗലി لأنك على ما قام يذكرون الله تعالى من غضبة إلى تلوع الشمس سبهنا مذكارا مذل سورة نذكرنا ذلك نودي. الله تعالى يذكر جلكل كل ذيكنا ولي قوم دور جعاني بجبيه سبهنا سكي شك سورة نذكر ولي بكر جلكل كل ذيكنا قوم دور جعاني بجبيه أبي أحب إليه إن كل أحبه من الناس تاربعه قابل ടിമകളെ വാങ്ങി മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമാണ് ആര് പറഞ്ഞു രവി സല്ലാഹു അലി വസ്ല്ല ഹരീസ് ഹരിവജീദു അനുഭവിക്കും ധൈതനെ റുക്കാക്കി വസിയാൻ എന്ന് മൈദി റബിയുള്ളാഹു എന്നുവിനെ കൊള്ള തിരിഞ്ഞു നോക്കി മക്കാല ചാൻസലർ ആണ് പറയുന്നു മജാലി സിക്രി മിഥില മജാലി സിസുനാദി നിങ്ങളീ മജിരിച്ചു പോത്ത മജിരിച്ചല്ല നവീനം പറഞ്ഞ മതിലിച്ചില്ലേ അത് കേട്ടോ ഈ മജ്ലിച്ച് പോത്ത മജിരിച്ചിരിക്കാനാണ് താങ്കൾ വളരെ പ്രിയങ്കരം എന്നൊന്നല്ല പറഞ്ഞതും അത് ഇതൊക്കെ അല്ലാതെ ഞക്കൂസ് ആകത്തും മാലഹും അല്ല അക്സരാധി നിങ്ങളിപ്പെട്ട ഒരാളുണ്ടാക്കുന്ന ഒരു മാലിന് ഒരറ്റ ചെറിയ ആകാശവാണി ചോദിച്ചുകൊണ്ട് അറ്റമായിട്ട് പക്ഷെ അതിനൊക്കെ തിങ്ങിനോ തിങ്ങി ജില്ലകൾക്ക് പുറമേതിനോ പുറമെ ചെയ്തിട്ടില്ല ഒക്കെ പറഞ്ഞിട്ടല്ല വേറെ കടകൾ ഉപയോഗിച്ചിട്ട് ഓരോ പൊക്കു പോയി ചിലപ്പോൾ കണ്ണടച്ച് പോയി പക്ഷെ വേണ്ടത് തിരിയാത്ത ആളക്കലപ്പിലേ കിട്ടുകൊടുത്ത് ഓരോ സംശയം ചോദിച്ച് അങ്ങോട്ട് ഇതാക്കി തിങ്ങിനെത്തോണ്ട് പറഞ്ഞുകൊണ്ടും അതിനെപ്പറ്റി വിശദീകരിച്ചുകൊണ്ടും ഈ ആകാശത്തോട് കോഴിക്കോട് കട്ടാനേ നിങ്ങൾ വന്നാലും ഹദീസെ കെറുതാൻ ആ ഹദീസിനെ കണ്ടപ്പെടലെ വിട്ടു പക്ഷെ നമ്മളെ മതി അങ്ങനൊന്നും ആയിരുന്നില്ല ഭിന്നമാക്കുന്ന നമ്മളെ ഇഷ്ടങ്ങനെയൊന്നുമില്ല ഇന്നലെ ഇല്ല പല ഋത്തുകൾ നീമാനെപ്പറ്റി നമ്മ പറയൂ വനകദമ്പരൽ കുർഹാന കുഹാനെന്താക്കും മോദിച്ച് ആഴത്തിലെ അത്തത്തിലേക്ക് ആഴത്തിലേക്കിറങ്ങും അനിവാര്യമായ തെക്ക് കരസ്ഥമാക്കും അത് ശരിക്കും സിഖിനിയായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ അമ്മാഹുവിന്റെ നിയമത്തുകളെ കുറിച്ച് നമ്മൾ ഇന്ന് രണ്ടും ഈ രീതിയായിരുന്നു ഏത് ആ മജീഷിന്റെ മൂക്ക് എടുത്തുകൊണ്ടുള്ളത് ശരിയാവാ നാല് ഇറക്കപ്പത്തിനെ മോചിപ്പിക്കുന്നതിനേക്കാണ് കൂലി അധികം എന്ന് പറഞ്ഞ ഇഷ്ടം ഇത്രയും കാര്യങ്ങളെന്താ അതുകൊണ്ട് നോക്ക് മുമ്പ് ഇപ്പൊ മൊത്തത്തിൽ അല്ലാഹ എന്ന പറയുന്ന നല്ല വ്യാഖ്യാനം കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് നെടുക്കുറൽ നീമാന് നെതമ്പുരൽ ഖുർഹനീമെ ഈ നാല് കാര്യം കൂടിയതാണ് മജുമാരുത് യുക്കുറൂൻ അള്ളാഹ എന്ന് പറഞ്ഞ അർത്ഥം എന്നാണ് ഖുറാനത്തെ തമ്പുറും ബജക്കെ തപ്പക്കും ഉപ്പുരണ്ടി നിങ്ങളുടെ കുറെ പുറകിയായ വസാലകൾ ഇന്നാ ഇങ്ങനെ പറഞ്ഞു മറ്റോ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇപ്പോ കീഴെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ തുടങ്ങലില്ല ായ കരസ്ഥമാക്കിയവൻ ആകൂല എത്ര വരെ അന്നാണ് നാത്തിന് വേണ്ടി ജനങ്ങളാ ചിലപ്പം വെറുക്കേണ്ടി വരും അല്ലാന്റെ വെറുപ്പുണ്ട് ജനങ്ങളെ ഉറപ്പുണ്ട് ഇന്ന് അല്ലാത്ത വേണ്ടിയിട്ടുണ്ടാക്കും ജനങ്ങൾ വെറുക്കോട്ടെ ഒക്കെ തന്നെ അത് പേടി കുറവ് ജനങ്ങളെ പേടി അധികം അത് വിക്കഹാത്തിന്റെ കുറവ് അല്ലാനെ തിരിയാത്ത കുറവാന്ന് ഇവിടെ തിരിഞ്ഞാൽ തന്നെ ജനങ്ങളെക്കാളും അന്നാനെ പേടി ജനങ്ങളുടെ മഹമ്പത്തിനേക്കാൾ അമ്മന്റെ മഹമ്പത്തിൽ ഞങ്ങൾ കണ്ണു നിരൂഹം കത്തീരത്തൻ ധാരാളം മഹാനികൾ കുറഹാൻ എപ്പണൊന്നാണെങ്കിലും ദുരിതങ്ങളായ മഹാനികൾ അദ്ദേഹത്തിന് കണ്ടിട്ടണം എന്നാലാണ് അപ്പം അപ്പൊ അവിടെ പുറോയിയായ ഭത്താമന്റെ പുറോയി അതിനെക്കുറിച്ചല്ല വിഷയം അപ്പോൾ ഈ ഹദീതിപ്പാർ പറഞ്ഞത് ആ കാല തൊള്ളെന്നു പറഞ്ഞം എന്നെ പറയുമ്പോൾ മളപ്പുമായ ഹദീസ് അയച്ചാ വന്നത് ഞങ്ങളെ അവിടെ അല്ലേ വന്നത് ഇതേ ഹദീസ് അങ്ങനെ ഉണ്ട് അഭുദ്രതാകു തങ്ങളെ ഭൗതാഹിച്ച് എന്ന് പറഞ്ഞാൽ രവി പറഞ്ഞത് മൗക്കൂഫ് എന്ന് പറഞ്ഞാൽ അസഹാവിമാർ പറയുന്നത് അപ്പൊ അഭുദ്രതാ രവിയല്ല എന്ന മൗക്കൂഫായ ഹദീസ് ആയിട്ടും ഇതേ ഹദീസ് വന്നിട്ട് പറയും നമുക്ക് നമുക്ക് എന്തെല്ലാം മറ്റുള്ളവർ പറഞ്ഞ കേട്ടാ അബദ്ധിന്റെ കോലല്ലേ എന്ന് പറഞ്ഞു തള്ളിയേക്കും നമ്മക്ക് വിളിച്ചില്ല അതാ അബുദ്ധർ ആയിട്ടും നീ അന്നിട്ടുണ്ട് അവനല്ല നബിത്തള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു പറയുന്നില്ല പക്ഷെ അതിന്റെ കൂടത്ത് വർദ്ധനമുണ്ട് മഴ കോലി തുമ്മുക്കുഅ നീ പഴക്കോളു ഡശബ്ദൻ എന്നുള്ള കരിമസം കൂടിയുണ്ട് അകലാ നോക്കട്ടാ ഇവന്റെ നഫ്സിന്റെ മേലിവ മുന്നിട്ടിട്ട് എല്ലാത്തിനാക്കളാണ് ഇവന്റെ ഏറ്റവും വെറുക്കപ്പെട്ടതാവിലായിരിക്കും അവരെ സ്വന്തം ലഫ്റ്റായിരിക്കും എന്നാലേ ശരിയായ ഭക്തി ഉള്ളതാണ് അപ്പൊ ലെഫ്റ്റിന്റെ അയവുകളും അതിന്റെ നദികളും അതിന്റെ സ്വതന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കിയോണ്ട് ലഫ്റ്റിനോട് ഭയങ്കരമായ നിൽക്കും അതിന്റെ വാക്യം അപ്പൊ ലെഫ്റ്റിന്റെ ആഭാത്തുകളെ കുറിച്ച് വ്യവഹരിപ്പിച്ച എന്ന് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ലെഫ്റ്റിനോട് വെറുക്കപ്പെട്ട ആളാകില്ലേ வெற்ற கண்டூர ரக்கத تعالی फरकदु ஸபஹியன் ஹбна फरकद ரபியல்லாஹு அன் அஸரல் மத்லியோன் காலி சயி இந்த ஒரு மஸ்லாயை விச்ச அப்ப ஃபாதா பஹு அஸரல் மத்லி தங்களுக்கு மரவடி கொடுத்தது கொடுத்தப்பால் இந்த फरकद പറയുന്നത് மொறாகன் மாறு மரவடி இங்கெல்லாம் வெளியக்கன் மாறு மரவடி இங்கெல்லாம் கண்டா ககாரா പർക്കത പറയുന്നു ഇന്നൽ സുഖ യുഹാദികമ്മാള നിങ്ങം പറഞ്ഞു മസാലക്കെതിരാകുന്നു നിങ്ങൾ മറുപടി എല്ലാം ഇതും കേട്ടാ അപ്പൊ അറ്റം പത്തിൽ ചോദിക്കുന്നു കിരത്ത ഉമ്മുക്ക പുറയ്ക്കതു പർക്കതൊക്കെ സീറാക്കിട്ട് പുറയ്ക്കിടെ നിന്റെ ഉമ്മാക്ക് ഓരല്ലാണ്ട് ഓടാ വാൽ കായിട്ട പ്രസിഹമ്മ ആയിരിക്കും നിന്നെ കണ്ടോണ്ട് നീ എപ്പോഴാണ് പ്രസീനെ കണ്ടത് ما صالح لك ذلك أي برده برأي فقرات اللهم الأولى من فقير نيرنا غندل نفقها لم يعبر لتا إنما الفقير الظاهر في الدنيا الراغم في الناخرة البصير بدينه المداظم على عبادة ربه الولئ الكاف نفس النعرام المسلمين العقيف النموالهم الناس لجماعتهم إذا نفقها يا ريض എന്നല്ലാണ്ട് വനം ഞക്കോൾത്തിൽ എന്നൊരു അറ്റ ഭസ്മ്രിപ്പ് ആ കൂട്ടത്തിൽ പോലും ചേർത്തിട്ടില്ല എന്നാണ് അത് മാത്രം വന്നില്ല ആ കൂട്ടത്തിൽ ചേർത്തിട്ടില്ല എന്നാണ് എന്തല്ലോ എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാം അൽ മുദാബിമാനായ വിവാദത്തിറമ്പി വലിയ വറകെല്ലാണ് പിന്നെ മുസ്ലിം നിങ്ങൾ ആരാധന തൊട്ട് ഇവരെ ലഫ്സീം തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അവർക്ക് യാതൊരു ശല്യം ചെയ്യൂല പിന്നെ അവരുടെ പക്കന്ന് കിട്ടുന്ന ബേസൊന്നും ആഗ്രഹിക്കുകയും ചെയ്യും അവർക്ക് മൊട്ടത്തിൽ സീ ചെയ്യുന്ന ആളുമാണ് ഇതെല്ലാം കൂടെ ഒത്തുകൂടിയ ആളെന്നാണ് പറഞ്ഞു കൊടുത്തത് വല അന്തപുരത്തില്ല വലം ഞക്കൊൽ ജമീന ലാലിക്ക് ആ കൂട്ടത്തിൽ പോലും ഇല്ലാ എന്ന് പിന്ന അവ പറഞ്ഞിടത്തോളം ഈ സിഖഹി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ വിഷയം ഇല്ലാന്നാണോ നിങ്ങൾ പറയു അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അതാ വിൽക്കുന്നത് വലച്ചു അപ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഈ മമ്മ പറയുന്നത് അന്നൽക്കും ഈ നാഹ്യറായ അഹക്കാമിന്റെ പത്താവ ഉൾക്കൊള്ളിക്കൂല ഞാൻ പറയുന്നു നിങ്ങൾ അതിന് മാത്രം താസ്സാക്കിയെടുക്കുള്ള എതിർത്തു അതേ ഉള്ളൂ എന്ന് വെച്ചിട്ട് രാമത്തെ എതിർത്തു വലയാത്തിൻ പക്ഷപ്പെടും കാണ എ തുറുക്കൊള്ളു മോമ് വസ്തു മോലു ബിതുറുക്കിനാണ് ബിത്തുറുക്കിനാണ് അതെ എന്നുള്ള കരീത്തിൽ കൂടി അതായത് ചിത്രീകൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾക്കൊണ്ടൊരു വിഷയമാകുന്നു അല്ലെങ്കിലോ ആ ബിറ്റരീകരിൽ ഇഷ്ടിത് ബായിട്ട് മുഖ്യ വിഷയം ഇന്ന് തരീക്കില്ലാഗ്ര പക്ഷെ ദുഞ്ഞാവിൽ ആവശ്യമാകുന്ന ചില പുറമില്ലാത്ത അതിനോട് താപ്യാഴ്ച വരുന്നതല്ലാണ്ട് മക്സൂദി വരുന്നില്ല നമ്മൾ മെച്ചം പോലെ മസൂദാഴ്ച തന്നെ വന്നു ഒന്നേക്ക് മക്സൂദ് ആഴ്ച വൃത്തിക്കോ പക്ഷെ വിളിച്ചാകാം അല്ലെങ്കിലോ അച്ഛനായ ഇരുമിത് ഇത് താതിയായിരിക്കും ആ രീതി ഇതെല്ലാം എന്നില്ലാണ്ട് പറ്റ മറ്റേ തള്ളി ഇനി മാത്രം തസ്തിക്കുന്ന വകുപ്പിന് നമ്മളില്ലാന്ന് പറയും അപ്പൊ പക്കാര ഇത്തലാക്കും ലഹ്വരാ ഇരുമി തരുമില്ലാത്തി അക്കത്താക്കും അതുകൊണ്ട് പൂർവികന്മാർ സിറ്റന് പ്രയോഗിക്കൽ ഇൽമില്ലാസത്തിന് അക്കുതറു എന്നാണ് വന്നത് ശക്തി ഈ ശക്തി താക്കലിനെ നമുക്ക് തിരിഞ്ഞതെന്താണ് ചില കലറു വില ഏതാ ഞാൻ നിൽമില്ലാസത്തി വയക്കാമിൽ കൊലോബ് നോക്കട കൽബുമായി ബന്ധപ്പെട്ടക്കാമുകൾ അതുപോലെ തന്നെ ഇൽമുല്ലാഹറെ ഏറ്റൊട്ട് അപഗണിക്കാനും ഇതിനായിട്ട് കച്ചവട്ടിറങ്ങാനും ജനങ്ങളെന്തായി പ്രേരിതരായി മാറി ഈ തൽവീറ്റ് കാരണത്താൽ വാപാലിച്ചാൽ മാത്രമല്ല അതിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു മുയങ്ങയും കൂടിയുണ്ട് മറ്റെല്ലാം പഠിച്ചു കഴിഞ്ഞാലൊന്നും ഇവിടെ ജീവിക്കാൻ കഴിയുക എന്ന് നല്ലോണം ജീവിക്കണം കാരണം എങ്ങനെ തുള്ളിയാലും എന്തങ്ങ് രക്ഷപ്പെടാനുള്ള മാർഗം ക്രോജത്തിൽ കൂടി കിട്ടൂ ഇവ പൂച്ച രക്ഷപ്പെടും പോലെ രക്ഷപ്പെടാനാ അല്ലാതെ നിന്ന് അവന്റെ പ്രകൃതിയിൽ നിന്ന് അതിന് സഹായകരമായ ചില ചില പ്രേരണകൾ എത്തുമെന്ന് ഫൈന ഇന്നൽ ബാപ്പിന് കാരണം ബാപ്പിനായിരുന്നു സ്വാമിനു വൽഅമി ഷീരുൺ അത് കുറച്ച് തിരിയാൻ കുറച്ച് പണിയുമുണ്ട് അതോടൊപ്പം തന്നെ അതുകൊണ്ട് അമൽ ചെയ്യലാണെങ്കിൽ വളരെ പ്രയാസകരമാണ് ഇതാകുമ്പോ എന്തെങ്കിലും കൊരിങ്കിലേയും പിടിച്ചിട്ട് തീരെ വെച്ചിരിക്കേണ്ട ഒന്നുണ്ടാക്കിയ മാത്രം മതി പോലുണ്ടല്ലോ അത് പിന്നെ വസ്ത്രവസ്തു തലവിൽ വിലായത് ജാഹി വൽമാൽ ഈ എൽമുതലീക്കുള്ള ആഹര പഠിച്ചത് കിട്ടില്ല വിലയായത്ത് കിട്ടൂല കഥാൽ കിട്ടൂല ജാഹിമാലൊന്നും കിട്ടൂല അത് കുറച്ച് കാരണം ഇവൻ പറയെ നോക്കും ഇവൻ്റെ നോക്കും ഇത് നോക്കും അങ്ങനെ നോക്കുന്നവർക്ക് അവർക്ക് പൈസ കൊടുക്കാനുണ്ടായി പിന്നെ നമുക്ക് രീതിക്ക് ഒന്നുമില്ല എന്ന് പറയും മറ്റേതിന് നല്ല എന്ന ഇസ്മന്ത് തീക്കൽ മുഖേന കൽബുകടി ചൈത്താലിക്കുന്ന ഇതാണ് പഠിക്കാൻ നല്ലത് എന്ന് തോന്നിപ്പിക്കാനുള്ള മദാലും കൂടെ പിറ്റിയിരിക്കുക അവിടെ ഇത് പഠിക്കടാം ഇത് പഠിക്കണം ഇതാണ് സിക്സ് എങ്ങിട്ട് ഇസ്മുൽ ഫിഖറായിരുന്നല്ലോ ഇസ്മു മഹമൂദ് ഉൽ ഫിച്ചറായി ചെറയിൽ മഹ്മൂദ് ആയി വിശാലമായി ഇൽമിന്റെ പേരായിരുന്നു അദ്ദേഹം എന്നുള്ളത് പ്രതി പഠിച്ചാൽ തന്നെ ഫസീ ആയിരുന്ന സമാധാനത്തിൽ അല്ലാ അൽമ് ഇസ്ലാം നിലപ്പോ അല്ലിമ പ്രയോഗിക്കും അതുകൊണ്ട് പ്രത്യേക ഹാസിക്കുദ്ദേശിക്കുന്നുണ്ടായിരുന്നു അൽമയാൽ ഇസ്ലാം എന്തൊക്കെ പറഞ്ഞത് ഇന്ന് ഇൽമെന്ന് പറഞ്ഞാൽ എന്ത് പഠിച്ചാലും ഇന്ന് വക്കതുക്കാണ് ഇത്തരൊക്കെ കാണിച്ച് അൽ ഇൽമിമില്ല ആദ്യകാലത്ത് അൽ ഇൽമെന്ന് പറഞ്ഞാൽ അന്നാനെ കൊണ്ടുള്ള ഇൽമ് അന്നാന്റെ ആയാത്തുകളെ കൊണ്ട് അവന്റെ അഫ്ലാദികൾ മുതലായ കാര്യങ്ങളെ കൊണ്ടുള്ള ഇൽമിനാണ് അൽ എൽമിന് പൂർവകാലത്ത് പറയുന്നത് അതുകൊണ്ടാണ് ഹത്ത അന്നഹുൽ അമ്മ മാതൃ പത്തായപ്പോൾ തൊണ്ണൂറ് പേർ വെച്ച് പോയി മറബിദൻ കൊണ്ട് പോയി പോയിരുന്നു അപ്പൊ ഇൽമിന്റെ തൊണ്ണൂറ് പേർ ഇരുമാർട്ടുണ്ട് എമ്മിലുണ്ട് എന്ന് അതാണ് പത്തായിപ്പോയി അല്ല അത് ഏതാ ഇൽമ്വസഹിൽ അലിഫിനാന്ന് കൊണ്ടും അലിജിയാക്കിയിട്ടതാണ് അൽമി എന്താ പിന്നീട് അതിനെ അഗ്നിമസ്തം തങ്ങൾ വ്യാഖ്യാനിച്ചെ കൊണ്ടുണ്ടായി ഇൽമ അത് അതിന്റെ മറുപടി കൊണ്ടുണ്ടായില്ല മതിയുടെ പിച്ചറിയും ആടുബാക് ഉണ്ടായിട്ടാണ് ഇങ്ങനെ പറയുന്നു സന്ദൂർ പോയിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഇൽമതല്ലാന്നും പ്രയാക്കാൻ കൊടുത്തില്ല നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ അടവാറുണ്ടോ ഒരാളെ ചോദിച്ചിട്ടോ ഇല്ല വനംമാ മാതാ അമറു റസൂലില്ലാഹു വഅന ഫാന അനിൽ മസ്ദറു മാതുന്നത്തു ആശാറുൽ ഇൽമി ഫതീന റഹു വതകൂറു ദാലിക വഫീനാ ദില്ലത്തു സ്വഹാബ സ്വഹാബകളിൽപ്പെട്ട പ്രബമന്മാരുണ്ടായിരിക്കും എങ്ങന പറയുന്നു മക്കല്ലം ഉരീദു ഇൽമൽ ഫുതിയ വനഹക ഫതവണ്ട ഇൽമല്ല നാണ് ഉദ്ദേശിച്ചു നിനമാ ഉരീദുൽ ഇൽമ ബില്ലാഹി തആല അതാവ സുമ ഫതറഹുട പണ്ടവ അല്ലാഹനെ കൊണ്ട് ഇൽമാ ഞാൻ ഉദ്ദേശിച്ചതു എന്ന് പറഞ്ഞത് വക്കത്തുനിയായി എതിന് കൈകടത്താൽ നടന്നുകയും അവിടെ തഫീസ എങ്ങനെ അൽ ഇൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക ഇൽമാണ് മഹമൂദ ഇൽമാണ് ഇന്നുണ്ടാക്കിയ അഹ്മസുകൾ എന്തെങ്കിലും പഠിച്ചാലായി ആ ൂഹ പിന്നിത്തരി അധികംയായ മസാലകളിനി മറുകക്ഷികളുമായി മുനാങ്കറ കണ്ട ചോലാകുന്ന കൂട്ടർക്കാണ് അൽ ആലിമ പേര് കൊടുക്കാൻ വരുന്നത് മറ്റാർക്കൊന്നിലുമുണ്ടാക്കും ഇങ്ങനെല്ലോ പറയണോ ആലിമം ആനിമം ശേഷിക്കുന്നതിന് വഴിയിൽ ഉണ്ടായിരുന്നു പ്രശ്നമില്ല പലപ്പാൽ ബഹുവൻ ആലിമാരല്ല അർഹിക്കാന്ന് പറയുന്നു യഥാർത്ഥത്തിലുള്ള ആലിമാരെന്ന് ഉറഞ്ഞെന്ന് ബഹുവൽ സഹലത്തിൽ എൽമിലുള്ള കൂട്ടം കാണയമായിരുന്നു കാളക്കൂറ്റി കളനല്ല വമല്ലായി മാറി കാലിക്ക ഇയാൾക്ക് ഇരുന്നു കയ്യിലെന്ന് നോക്കാം വന ഇഷ്ടം എനിക്ക് കഴിഞ്ഞാൽ തന്നെ അതുകൊണ്ട് ചൂലാതില്ലാതും വെക്കാ എന്നാൽ ജുംനത്തും പാപം അയാൾ ഒന്നല്ല അണയ്ക്കും അനുവാറ കൂട്ടത്തിൽ പോലും ഉറക്കൂട്ടൂല അങ്ങനെ കാലം വന്നു وهذا ايضا ان يدوا تصرفهم بالتقفي هو تقفيته به عامره برج التقي صاد كدهല്ലല്ലണ്ടാവും ഒരു പണ്ഡിനന്റെ മറ്റു പണ്ഡിന്മാർക്ക് ഒട്ടി സാദല്ലണ്ടാവും അങ്ങനെ അറിയാം ولكن ما ورد في فضل من فضائل العلم والعلماء علماء عندهم العلم عندهم فضائل الواريد മുഴുവനും اكثر هو في العلماء بالله അള്ളഹാനെ കൊണ്ടുള്ള അർഹലമായി വിഷയത്തിലാണ് വായുതായും പക്ഷേ ഈ ക്രെഡിറ്റ് ആ മുഴുവൻ ആരെടുത്ത് എന്തെങ്കിലും മൂർത്തിയാക്കെടുത്ത് ആ പതായി നമ്മൾ നടന്നുപാത്ത് കൊണ്ടും കൊണ്ടും കൊണ്ടും അറിഞ്ഞാക്കാതിരുന്നു ഏത് ഉലമ ഇന്റെ പതായില് വന്നത് പടായി ഇടക്കിക്കൊണ്ടുപോയി നമ്മൾ അർഹത പറഞ്ഞു ൻ പ്രയോഗിക്കപ്പെടുന്നതായി മുസാക്കപ്പെടുന്നത് അതല്ലാണ്ട് മുഖയ്യതിന്റെ മുഖാബല മുത്തലക്കല്ല പറയപ്പെടൽ എന്ന് പറയലില്ലേ അലോപ്പെട്ട ഒന്നറിഞ്ഞൂടെ ായ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കം കൂടാനുള്ള പോലെ ജഗലിയായ മത്താല നോട്ട് വെക്കും നോട്ട് വെക്കിലേക്ക് പകർത്തു തോന്നിട്ട് കാമരണം കാവരനായിട്ട് പകർത്തിയെടുത്തിട്ട് എങ്ങനെ ബൈക്കിട്ടിങ്ങനെ കൊടങ്ങുന്നു ജോറ് പറഞ്ഞ കൂടെ കയച്ചു കൂടെ പുച്ഛി ഓറാലായി ചെറിയ രൂപയിൽപ്പെട്ട അല്ലെങ്കൊന്നും അറിയാവുമ്പോ ഇത് മൂക്കാൻ അയാൾ എല്ലപ്പെട്ടും കൂറ്റ മുലർക്കൂറ്റ മുലർജിയിലെ ബന്ധപ്പെട്ടു നോട്ടീസ് ചോദിച്ചാലോ ചോദിച്ചാൽ അടുപ്പപ്പെട്ട രാജ്യം അവസാനിവാക്കുന്നു برادران و خواهران بسم الله الرحمن الرحیم و رحم الله و بركاته در شان این موری آیه ان الله ها ذات الملک دلتیله مومن بچا برنامه الملک دلانا پرکودین نبی نے پرکاش کیلے یہ باقی نے ٹوپیٹ نکنداں والی ملکوت پرکاش جب باقی نے ٹوپیٹ نکنداں ہو െ തേടാൻ പോകുന്ന വിദ്യാർത്ഥികളാകുന്ന താല്പര്യങ്ങളുണ്ടല്ലോ ഹൽക്കും കത്തിരിനും മൊഹിക്കാക്കാനുള്ള ശ്രമമായി കാരണം അതാ പഠിക്കേണ്ടത് ഈ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ പഠിച്ചു അത് പഠിച്ചാലേ അല്ലെങ്കിൽ ഓർഡ പഠിച്ചാൽ അത് പഠിക്കണം അല്ലിത്ത മൂന്നാമത്തെ ലഫ്ലേ വക്കതിലുള്ള മനുഷ്യരും ചോദിച്ചു വക്കതെ ഇബാറ തന്നൽ സദാനിപമാരിപ്പത്തിയക്കിൽ മുജാതല തീ ഇപ്പോൾ എന്തായിപ്പോന്നുള്ളത് കലാമിന്റെ ഒരു കോർവ് ഇൽ കലാമിന്റെ മുജാതല ചെയ്യാൻ അല്ലെ എതിരി ദക്ഷിണ മർദ്ദിക്കലാണല്ലോ മുജാതല മതപ്രതിവാദം അതിന്റെ തരിയക്കല്ലിറങ്ങി ിഹാത്തുറുക്കി മുനാക്ലാത്തിൽ മറുകക്ഷി മറികക്ഷികളുടെ മുനാക്ലാത്ത് എന്ന് പറഞ്ഞാൽ ഓരോ പേജുകളിലും മറ്റേ ഇന്ന പ്രസിദ്ധീ ഇന്ന് പറഞ്ഞു ഇന്നും മാറ്റി പറഞ്ഞു ഇന്നലെ എങ്ങനെ പറഞ്ഞു ഓരോ കലാമണ്ണിനെ മുണ്ടൂട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നിക്കുന്നുണ്ടല്ലോ അതെല്ലാം അറിഞ്ഞിട്ട് ഒരു കുദത്തെ അല്ല തശദ്ദുക്കീഹ അതിലെന്താക്കണം നന്നായിട്ട് വായ്പ സംസാരിക്കണമില്ല വി തെള്ളത്തി ഇതിൽ കുറേ ചോദ്യങ്ങൾ അവതരിപ്പിച്ചിട്ട് ചോദ്യം കൊണ്ട് വളംതാക്ക വെള്ളം കൊടുത്തിട്ടു അങ്ങനെ ഇങ്ങനെ തിക്കും തിച്ചും മൊത്തം തിക്കും മറ്റും ഇങ്ങനെ ചോദിച്ചിട്ടു അതേ മറ്റോ വൈസാറത്തി ശുപഹാത്തി അതുപോലെ ശുപഹാത്തി ഇളക്കി വിടണം വകരീറ്റിൽ നിൽതാ മാതെന്നിട്ട് മറ്റോർക്ക് മറുപടി പറയാൻ കഴിയാത്ത രീതിയിൽ എലിതാ മാത്താക്കളി അതെല്ലാം കൂടുമ്പോൾ വറാനായി തകർന്നിന്റെ കളി حَتَّى لُقِبَتْ طَوَائِفٌ مِنْ لُقَبِ طَوَائِفٍ مِنْ أَمْثَالِهِمْ الَّذِينَ بِالتَّوْحِيدِ وَرُؤُؤَةٌ وَرَأْسُنَ تَﻨَّهُدْتُ بِإِذْنِ أَهْلِ الَّذِينَ بِالتَّوْحِيدِ وَرَأْسُنَ تَندَوِيكُمْ وَتُسَمَّى الْمُتَكَلِّمُونَ الْعُلَمَاءُ بِالتَّوْحِيدِ مُتَكَلِّمِينَ الْكَන්දَ بِأَنَّ الْعُلَمَاءُ بِالتَّوْحِيدِ എന്നു വറേ ഏരോണപ്പം മാഅന ജമീഉ ദാലിക മാവ ഖാസ്സ്ത്ു ഹാരിഹി സനഅതി ലംഘക്കു ന്യൂറൊപ്പമില്ല തിരിവൽ അതിൽപ്പെട്ട അധികവും ഈ തീ തൊഴിലുണ്ടല്ലോ ഈ സനാട്ടി ഈ വേലയുടെ ഹാസാത്തിൽപ്പെട്ടതാണെന്ന് പൂർവ്വകാലത്ത് അറിഞ്ഞിട്ട് പോലുണ്ടായ കാര്യങ്ങളെല്ലാം അപ്പോൾ മുഴുവൻ വിദേക്കാൻ പറഞ്ഞു ഏതാ ലംജക്കും ന്യൂറൊപ്പമില്ലാ ഷൈംഫില്ല തിരി ലംവൻ ഒന്നാമത്തെ തലമുറ ഇലിംഗത്ത് കരിമത്ത് പോലും അറിഞ്ഞിട്ടുന്നില്ല ഏതാണ്ട് പറയണത് ബന്ധം എന്താണെന്ന് ർത്ഥം അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെ മുമ്മടക്കുന്നത് ബോധം പറഞ്ഞതിന് പൊളിക്കോണമെന്നുള്ള അച്ഛൻ പറ്റും സംസാരിക്കില്ല അതായത് മുമാറാത്ത് ഇത് രണ്ടും ആരാണോ ബാധി തുറക്കുന്നത് അവർ കഠിനമായി എതിർത്തിരുന്നു എതിരൊന്നും നോക്കാണ്ട് quamama yasmunaril qur'anun bilati llahi ra qur'a tanandanda mahira garono madilathana allada yedu difathina qur'anadilla thum h allati tasbiqul adha ila qabur yapi avval istimara ki ek madandathum kalbu vega madilekku munadu illada allada vardeyalle indilakku matham ningum paranjundakkeyalle ningal aneyiknaakku nalli kadilayichu edu ഇല്ലാഹുവർനെ പറഞ്ഞല്ലേ എന്നല്ലരക്ക്ണ്ടാകും അവൻ സമായി തന്നെ അത് കബൂൽ ആക്കാനേക്കണ കൽബ് മുന്നേ ഇരുന്നു ഫഅഖദ് കാന ദാലിക മാലൂമൻ ലിൽ ഇതെല്ലാവർക്കും അറിയപ്പെട്ടതാണ് ഇവര ഇവര കുട്ടിയൊന്നല്ല ഉമ്മമാദരെ എല്ലാവർക്കും അറിയാം വകാന അനിൽ മുബിൽ ഖുർആനി ഹുവ ലിൽ മുകുല്ലു അതുകൊണ്ട് ഖുർആൻ കൊണ്ടുള്ള ഇ Ilmu എല്ലാ ഇ Ilmu കൊണ്ടുള്ള ഇ Ilmu തന്നെയാണ് വക്കാല തവഹീദ് ഇതും ഇവരെടുക്കൽ തവഹീദ്ന്ന് പറഞ്ഞാ ഇമാറ സിൻ അത് വേറെന്തോ ഒരു കാര്യത്തിനെ കുറിച്ചുള്ളൊരു കാര്യം എന്താ കാര്യം ലാഹം അക്സരൽ മുത്തക്കല്ലിമി മുത്തക്കല്ലിമിയങ്ങൾ പെട്ട അധികാത്ത തിരിയാത്ത വേറെന്തല്ലോ ഒരു കുറിച്ചല്ലോ വൈം അഥവാ ഈ അക്സരൽ മുത്തക്കല്ലിമിയങ്ങൾക്കും അറിയാത്ത കാര്യം ഇവർ അറിഞ്ഞെങ്കിൽ തന്നെ പമ്പ് ചെയ്താത്ത തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് മുത്തത്തി ആയിട്ടുണ്ടാവില്ല ഒരറിയുന്ന ആളും ഒക്കെ ആയിട്ടുണ്ടാവൂ നോക്കാം ബഹുവ എന്താണ് ആഹുവൽ എല്ലാ കാര്യങ്ങളും ഒന്നാമക്കൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ള ആറുത ആ സുഹൃദു അതാണ് ശരിയായ സൗഹീബ് ശരിക്കും അതൊരു ഹാലാണ് തരത്തിലുണ്ടാകേണ്ടത് പറഞ്ഞിണ്ടാക്കലേക്കൂലും എല്ലാവരും പറഞ്ഞില്ലേ ആരാ ആകാശം പറഞ്ഞ് അന്ന ആരാ ഭൂമി പറഞ്ഞു അന്ന ആരാ മഴ ഉണ്ടാക്കുന്നു അന്നെ താമസിക്കുന്നു പറഞ്ഞില്ലേ ആ റോയ്യത്തല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ നടക്കുന്ന അസുബാബ് വസായിച്ചുണ്ടല്ലോ അസുബാബുകളും വാസുത്തകളും അതിനെക്കുള്ള ഇത്തിഫാത്ത് കൈയിൽ തൊട്ട് ഇവനങ്ങൾ മുറിച്ചു കളയണം ആ രീതിയിലുള്ള റൊയ്യത്താണ് ഇവിടെ സൗഹിതം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് മുത്തസിപ്പാറ്റുണ്ടോ ഇല്ലെന്നോ അദ്ദേഹം ഇതാണ് സൗഹൃദിന്റെ വായനാ എന്നിട്ടുണ്ടെങ്കില് അഥവാ തിരിഞ്ഞാൽ തന്നെ മുത്തസിപ്പിക്കില്ല എന്നാണ് പിന്നോട് പോയിട്ട് അഞ്ഞറള്ളുമൂറ പുല്ലാമിനായവരല്ല ആ റൂയത്ത് ഏത് എവിടത്തേക്ക് എത്തണം റൊയ്യത്തൻ അഞ്ഞറാന്റെ മക്കളൂടെ മുത്തലക്കാണ് റൊയ്യത്ത് എങ്ങനത്തെ റൊയ്യത്ത് അറങ്ങൂ ആ റൊയ്യത്ത് ഇവനെ മുറിക്കും ഇസ്തിഫാത്ത ഇവന്റെ ഇൽഫാത്തിനെ മുറിക്കും ആരാ ഈ സാഹിബിന്റെ എന്തിനൊട്ടുണ്ട് ഇസ്തിഫാത്ത് അസുബാബിനെ തൊട്ട് മാറ്റി തുള്ള അസുബാബും വസൈത്തൊന്നും ഇല്ല യാതൊരു ഇല്ല എന്നെല്ലാം അത് മുറിച്ചു മാറ്റുന്ന രീതിയിൽ അപ്പൊ പലായുഹു ഹയറാവട്ടെ ചവട്ടെ اللهم ماكلنا ما لا عنده او لا انا دين ما ادت ساندوشا سنداب ان الله هوكم طول انداونඩු உண்டாවందවకు મેલ உண்டாවું મેલ உண்டாවું મન્નાનેવકંદ સાદત સકરામતમ અલ્લાહનોકલ મ બતઝુકમ વ આયદેરિમ અલ્લાહનોકલ ઇગાંડો ફલાયર રહયરા વશરકુલહુ ઇલ્લા મિન્નુ જલ્લા જલાદુ હોદલ રબિયતા നമുക്ക് അതിലുണ്ടാകുന്ന ഒരു ഇൻഡിസാത്തിന്റെ ഒരു ഹാലനുസരിച്ചു മഹാകാമ കാ ഇത് വലിയൊരു പദവിയാണ് യഥാ തമറാത്തിൽ അതിന്റെ കുറെ ഫലങ്ങളുണ്ട് തമറാത്ത് അതിൽപ്പെട്ട ഒന്നുണ്ടോ അവക്കുക തവക്കുകൾ ഉണ്ടാകില്ല അപ്പൊ തവക്കുക പണി രാജിവെക്കല്ല ഹക്കീക്കത്തും തവഹീത് കളത്തിലേക്ക് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കാഴ്ചപ്പെടുന്ന ഒരു ഒരു സ്ഥലമാണ് തവക്കുൽ വന്നത് ഓ അപ്പൊ തവക്കുലിന്റെ അടിത്തറിട കിടക്കുന്നു അവന്റെ കിടക്കുന്നു കമാനുഹോ ഹക്കീക്കത്ത് തവഹീദിന്റെ തവക്കൽ ബാബന്റെ വരുന്നുണ്ട് തവക്കന്റെ വാദിന് മാലിന് തീ കിതാബി തവക്കലിൽ വരും ഈ തലമീതിന്റെ വേറെ നടത്തുണ്ട് കടപ്പ് ശിക്കായത്തിൽ കണക്ക് ഈ പടപ്പുകളെ പറ്റിയുള്ള ശിക്കായത് ഒഴിവാക്കറി അങ്ങനെ പടപ്പുകൾ വേറും ആദ്യത്തെകളല്ല ഓർമ്മണ്ടാവരുത് ഓർമ്മ ഉണ്ടാവരുത് എങ്ങനെ ഉണ്ടാവില്ല ശേഷം എല്ലാവരും ർക്കൊരു പദവിയാലെയും അവരുടെ മേലുള്ള പദവി രൂപിക്കൽ വരുന്ന വത്തലിയും അന്നാ ലും എന്താണോ അതിലയും തത്തലെയുമോ സമ്രാത്തിൽപ്പെട്ടതാകുന്നു രണ്ട് തെർക്കുകൾ ഇനി മൂന്ന് വക്കാലത്തിമറാ തീ അതിന്റെ തമറാത്തിൽപ്പെട്ടൊന്നാണ് കൗരം അമീപത്തിന്റെ കൗരി ലമ്മീതലൂസി മറന്നി അവരെ മറന്നില്ലോട് ചോദിക്കപ്പെട്ട് ആ ഡോട് പോലെ നമ്മൾ ഡോക്ടർ തേടി പിടിക്കട്ടെയോ എന്ന് ചോദിച്ചു സക്കാർ ഓർവീബ് എന്താ പറഞ്ഞ ഡോക്ടർ തന്നെയല്ലേ എനിക്ക് രോഗം തന്നത് അപ്പൊ ഓരോക്കെ ഡോക്ടറെ ഡോക്ടർ തന്നെയല്ലേ രോഗം ഉണ്ടായിരുന്നു വസിയ കൗലൻ ആക്കൗല ആക്കത വേറൊരു കൗല മരിലക്ക് തീ മറ നിന്റെ ലോകത്തിന് തബീബന്താ നിങ്ങോട് പറഞ്ഞത് എന്ന് പറഞ്ഞു തബിതരാന്നല്ല അത് പറഞ്ഞ് കാലനിയെ തബീപെന്നോട് പറഞ്ഞത് ഇനി സകാരുമാരിയിരുന്ന ആണ് ഞാൻ വിചാരിച്ചല്ലേ ചെയ്യുന്നവികരല്ല ിലും കിതാബു തവീലും വരാൻ പോകുന്നുണ്ട് ചവാറിന് നാളിക്ക് അതിനാവശ്യമായ ചെളിവുകളെല്ലാം ശാന്ത വരുന്നുണ്ട് എന്ന നാലാം രീതിയിലാണ് അതുകൊണ്ട് ജൗഹർ ഉന്നീ അമൂല്യമായ ഒരു മുത്താണ് പറഞ്ഞത് ലഹു കിശുരി അത് രണ്ട് പൗരുണ്ട് ഒരു തേങ്ങാന്ന് വിചാരിച്ചോ മോളുടെ തോല് രണ്ട് തോൽ ഉണ്ട് ആഹ് ദുഃഖം ആ രണ്ടിൽ പെട്ടെന്ന് അറിഞ്ഞാ അതിൽ ലുബി കാതിലും മൊട്ടിട്ട് കൊറച്ച് ദൂരത്താവും നമ്മള് തേങ്ങാന്ന് എടുത്തോക്ക് തേങ്ങന്റെ ഉള്ളിലേക്ക് ചിരട്ടിയൊരു ജേബിയില്ലേ ഇപ്പം ഒന്ന് ലുബിനോട് അടുത്ത ചിരട്ട അതിന്റെ മോണ്ടല്ല ചേരി ഇപ്പൊ പുറത്തുള്ളത് കാതിലും പൊട്ടിട്ട് കുറെ പുറത്തല്ലണ്ടാക്കും ും ബിൽക്കെരുന്നിട്ടോ ഇപ്പം തവഹീർ എന്ന് പറഞ്ഞ് പുറത്തെ തോൽ സംബന്ധിച്ചായി പറച്ചടിപ്പൊ ഉള്ള ടച്ചറുന്നില്ല പുറത്തെ തോലുകൊണ്ട് ടച്ചായിട്ടില്ല ഉള്ളിലെ തോലുണ്ട് ടച്ചായിരുന്നു കാതലോടെ ടച്ചകരി യഥാ ചില ശരി ആ തോലിനെ കാത്തുരക്ഷിക്കാൻ ആവശ്യമായ സുന്ദരത്തെന്താണോ അതുകൊണ്ടും തവഹീർ നിങ്ങളുടെ പേര് വന്നു വാഹമുകളുടെ ഉള്ളിലൂടെ കാതലതാ അതിനെപ്പറ്റി തീരെ ചർച്ചയിലാണ്ട് പോയിക്കുന്നു ഒന്നാമത്തെ കിച്ചത് അമ്മോളുള്ളത് എന്ന് ഇല്ലാതെ കൊണ്ട് പറഞ്ഞാൽ അല്ലെ മോള പോലെ മഹാദാസമ്മൻ അതിന് തവഹീലിന് പേരുണ്ട് എങ്ങനത്തെ തവയത് മുനാക്കള ഈ സർവിന്നാറാറാക്കണം മൂന്ന് എന്ന് പറഞ്ഞില്ലേ അറിയാതൊന്നും ആ സാധ്യത അതിനെതിരായിട്ടുള്ള പ്രയോഗമാണ് മറുപടിയേക്ക് വരാം വലാഖിന്നഹു പച്ച കഥ യെസ് മുനാഫിക്ക് അത് മുനാഫക്കിന്റെ വക്കൽ ആണ് മുനാഫക്കിഹ്നും ഈ തത്രീസവാദം ഒരിക്കില്ല അല്ലെ യുഹാലിഫുഹോ ജെഹ്റമു അവന്റെ സീർവം ജെഹ്റും തമ്മിലെതിരാകും അങ്ങനെയുള്ള മുനാഫക്കിന്റെ വക്കലിൽ നിന്ന് ഒരു കച്ചിനുള്ള പുലും ഇന്നലക്കുന്നുണ്ടാകുന്നു വന്ന് പറയുന്നുണ്ട് ഇന്നക്കൾ ഇറക്കുന്നുണ്ടാവും മോൽ കിശിസ്ഥാനീ രണ്ടാമത്തെ കിശി കണ്ടു പിന്നെ മുള്ള നമ്മളെ ചേട്ടൻ സ്ഥാനം കൂട്ടി അല്ലായക്കൂനി മുഖാലഭക്കും വൈകാനി മപ്പുഗോ മിഹാദന ഈ കൗലിനോട് ഈ കോഴി വപ്പുക ഇതിനോട് ഒരു തരത്തിലുള്ള ഇറ്റാറോ മുഹാലപ്പത്തോ കൽപിൽ തോന്നാതിരിക്കുകയാണ് വലിയ മാഹി ഉത്കൽപ്പി അനേറ്റിക്കാതെ കൽപ്പിന്റെ മാഹിർ അനേറ്റിക്കാതെ ചെയ്യുന്നതിൽ മുഖ പിടിച്ചിട്ടുണ്ടായിരിക്കും വകതാലിച്ച തസ്തീക്കും ഈ അതുകൊണ്ടുള്ള തസ്തീക്കും ഉണ്ടായിരിക്കും പക്ഷെ അതിന് ബഹുവ തസ്തിക്കും അവാമിൽ കൽപ്പി അവാമുൽ കൽത്തിന്റെ തസ്തിക്കൗണ്ടിന് സൗരി അവസ്ഥേക്കാണ് കമാസനാണ് ലുബിനെ കിടന്നത് വൽമുട്ടക്കല്ലി അപ്പൊ മുട്ടക്കല്ലികളുടെ പണിയോടെയാണ് ഈ ഒന്നും രണ്ടും തോൽ കാ കമാസമൊക്കെ മുമ്പും പറഞ്ഞിട്ടുണ്ട് വിദേഹത്തിന്റെ ഹരികാല തൊട്ടുള്ള തശ്മീസിന്റെ ആ തശ്വീസിന്റെ തൊട്ടിലെല്ലാം ഈ തോൽ കാഥല നരപണി മുട്ടക്കല്ലിനികളുടെ പണിന് മുമ്പേ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ എന്ന ആരും ശരിയായ അതാണ് മൂന്നാമത്തെ അതാണ് സാധനം അതായത് അഞ്ഞാലൂ എന്താണ് അവർ ഇപ്പം പറഞ്ഞത് എല്ലാ കാര്യവും ഒന്നാണ്ട വക്കൽ നിന്നാണ് അതാണ് അവർ കൈ കൊടുത്തിട്ട് വെറും പറഞ്ഞാൽ പാഴാവുന്ന തൊട്ട് അവരെ എഴുത്തിപ്പാത്തിനെ മുറിച്ചു വേണം മാസത്തിൽ യാതൊരു സ്ഥാനം മുറിച്ചില്ല അതുപോലെ തന്നെ അതായത് ഇത് കൽപ്പിന്റെ ഉള്ളിലെ ഹാരാവുന്നേ ലാഹിരുവാണല്ലോ വാങ്ങാബുധഹു ഇബാദത്തൻ ഒരു ഇബാദത്ത് അവരെടുക്കുകയാണ് ആ ഇബാഗത്ത് കൊണ്ട് അമ്മാവൻ ഉണ്ടാക്കും അവൻ തീരുണ്ടാക്കും അപ്പൊ പല ഞാബുധു വയറിന്റെ ബാധത്തെടുക്കുകയും ചെയ്യൂല അതായിരുന്നോ ഈ തവഹീദിനത്തൊട്ട് പുറത്താണ് അത്തുമാനവാ തടിഹവാന പിൻപറ്റുന്ന കൂട്ടർ ഉണ്ടല്ലോ ഇല്ലാത്തത് ഈ തവലിന്റെ പുറത്താണ് ആര് അസുഭം അസുമാനം പായനാണെങ്കിൽ തടി ഹവാന പിൻപറ്റുന്ന കൂട്ടർ ഈ തവഹദിനത്തൊട്ട് പുറത്താകുന്നു എന്തുകൊണ്ട് തടി ഹവാൻ ആറിച്ച് പാഴ് ചെയോതി അവന്റെ ഹവാനും അഴുകൂതാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അന്ന വലങ്ങിയത് പോലും ഹവുമ്പോൾ കേൾക്കുന്നു അവന്റെ ഹയെ ഇലഹാക്കി ഒറ്റ നീ കണ്ടില്ലേ ഒന്നാണ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഹവാന ഇലഹാക്കിയിട്ടുണ്ട് വലാത്ത വിത്ത മനാത്ത മുട്ടപ്പം മാത്രമല്ല ഇതൻ തടിഹി കൂടുന്നുണ്ട് കൂട്ടത്തിൽ ഇലാഹിന്റെ കൂട്ടത്തിലുണ്ടോ ഇലാഹിന്റെ കൂട്ടത്തിൽ ഏറ്റവും അപകട ഇലാഹിണ്ടല്ലോ അത് തടിഹവാനാധിച്ചാന്നാണ് ഇന്നത്തെ മുസ്ലിം ജില്ല മുസ്ലിക്ക എന്ന് പറയുന്നത് എന്താ പറയുന്നത് തഹത്തേക്ക് പ്രകാരം ചിന്തിച്ചാല് മന്തല ഒരാൾ ആരൊക്കെ ചിന്തിക്കാം എന്നാൽ അറഫ അന്ന് ആഭിത സ്ഥലമില്ല ഈ തന്നെ അബുദ്ധ സ്ഥലമാണ് ഈ സനമിന് ആരാധിക്കുന്നു ആരെ എല്ലാം പണ്ടും പണ്ടേ എന്നൊരു തടിഹമുണ്ട് ആ തടിഹമാണ് പിന്തുച്ചിക്കൊണ്ട് ജീവിക്കുന്നത് അവ പണ്ടും പണ്ടേല്ല ആ ഒരു തടിഹം എന്താക്കിയത് ഈനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോ ആയിക്കൊണ്ട് അങ്ങനെ ആൾക്കാൻ ദൃശ്യം ഓരോ ജീവിക്കുന്ന സൗകര്യമാവുന്നല്ല പക്ഷെ നമ്മ ആരാ ബുദ്ധിക്കുന്നു സ്ഥാനം ഉണ്ടാവില്ല ചെനമിനെ ആരാധിക്കുന്നവർ ചനവിനെ എല്ലാം ആരാധിക്കുന്നു ആരാധിക്കുന്നു അവന്റെ പിതാക്കന്മാർ കാണിച്ച ദീനെന്താണ് അതിലേക്ക് ചാഞ്ഞി പത്താടിക്കൽ മയില ആ മയിലിനെ ഇവർ പിൻപറ്റുന്നു അപ്പോൾ ഓർക്കൊരു തടിഹവ ഉണ്ടായിനി ആ തടിഹവാണ് ഇവന്റെ തടിവ ഇങ്ങനെ ഹവാനെ പിൻപറ്റിക്കൊണ്ടുവരിക അപ്പൊ മയിലിൻ മുഫ്സിൽ മകരോപാത്തി مغلوفات ليك نفتاعن النذ احد المحان الذي يعبر عنها بالحوا ادரتقيانന്തലി حوا എന്ന ഇബാറത്താണ് അതിന്റെ ഒരു മഹന ഹവ ഹവ കാചുന്നലവാന കണ സെല്ലിങ്ങാണ് അത് ഹവാ പൂന്നാണ് സെല്ലിങ്ങാണ് ഇത് ഹവ ഹവ എന്ന ഇബാറത്താണ് ഒരു ഒരു മയനവാണ് ആ മാനിൽ പറ്റ ഒരു മഹന എന്താണ് അൽ മയിലു ഇലൽ മഗ്ളൂഫാ പണ്ടും പണ്ട് അണങ്ങിച്ചത് ഹാക്കോ പാത്തിലോ നോക്കാതെ വേണ്ടതാക്കും മകരോ ഭാത്തിലേക്ക് ചായുക എന്നതിന് അത്ര ഹവാനും ഇന്നത്തെ ഈ തൗഹീദിൽ നിന്ന് പുറത്തു പോകും തസപ്പത്ത് അല്ലെ ഹൽക്കിയത് അപ്പുറം ഉണ്ടല്ല ഹൽക്കിന് ഓടേണ്ട തസപ്പുത്ത് നേരത്തെ ചിക്കാത്തൽക്കുവാങ് ഉൽഖമ്പാനിയും വലുത്തിപ്പാത്തുവിനെയും അവരിലേക്ക് പാത്തും فإن من يرى الكل من الله أز و جل لا إلا من الله نبك أن نردني كأي ساتسخة على غيري فينه غيري منه غيري منه ومن دي سمده كنه فلقد كانت تغيير بارطاً لن هذا المقام أدخلت التوحيد قد تغيير أن هذا المقام هذا المقام هذا المقام يقول لن يكون مقاماً صديقين هذا المقدس ഇപ്പോൾ എവിടത്തേക്കാണ് ഇന്ന് രക്ഷിക്കപ്പെട്ടെന്ന് നോക്ക് അയ്യ ശിശിനും കനാമെന്നു ഏത് തോലുകൊണ്ടാണ് ഇന്ന് പെരുത്തപ്പെട്ടെന്ന് പറമ്പിലേക്ക് എത്താണ്ട് ഏത് തോല ഒന്നാം തോലോ രണ്ടാം തോല അനുമലപ്പെടുത്തി തൂങ്ങിയെന്ന് പറം ഇനിയോ ഈ തോഹിരി തോലിയായ തോഹുണ്ടല്ലോ ആ തോഹ മാറ്റിപ്പുറത്തി നടക്കുന്ന ആൾക്ക് പിന്നെ മതഹി ശ്രദ്ധിക്കാനും പ്രഹർ നടിക്കാനും ൊരു മാർഗം എന്നോ ആ സർട്ടിഫിക്കറ്റ് സ്പെഷ്യലിസ്റ്റാണ് പുസ്തകം വസർ തടിക്കാണ് തമത്വ നിന്നുള്ള ഒരു വസ്തുവായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ൂദ്ഘട്ട നല്ല മഹമൂദ് മധുണ്ടല്ലോ ആ ഹന്ത് അതിനർഹമാകുന്ന മാന എലിയാണ് മുഹി ഞാനിതിന് ഗുളി നോക്കി അങ്ങനത്തെ മാനൊന്നുമില്ല അതിന് തുല്യമായി ചെന്ന് പറഞ്ഞിമിറത്താൻ നേരം പൊളിത്തവാട് ഒരാൾ മുഹലിസാകുന്ന മാറ്റബികൾ ക്യാമയിലേക്ക് മുന്നിട്ടിട്ട് പറയും പോലെ പോലും അദ്ദേഹത്ത് ബജിയല്ല ഈ ഫറച്ചമാവാത്തി വല്ല നടന്നാന്ന് കളവറിയും പോലത്തെ പറച്ചിലാന്ന് പിള്ളാച്ച് പറഞ്ഞപ്പോഴത്തെ കളവറിയുന്നു നീ അവസരം ലാഹിയുണ്ട് നന്നാക്കാൻ പുറത്തു കൊടുക്കുന്നു പത്രസമാവാസിയായ വനിലേക്കാണ് എന്റെ വധുവിനെ മുന്നണിയിച്ചത് ഹനീഫൻ കൈദ്യം കൂടിയതാണ് ഹനീഫായി കൊണ്ടു വഹുവ എന്നാൽ ഈ പർത്തിന് അവനു കദിബീൻ നേരം പഠിച്ചപാട് പറഞ്ഞു ഒന്നാമത്തെ കളവിൽ അള്ളാടായി പറയുന്നു എല്ലാ ദിവസവും ഇല്ലം യഖുൻ വധു കൽബിൻ ഇവന്റെ കൽബിയായ വധു ഇമുഖം കൊണ്ടല്ല അള്ളാഖി ആയുഖല്ലോ കൽയ്യായ മുഖം കൊണ്ട് അള്ളഹാനെ കൊള്ള സ് കൊണ്ട് മുന്നിടാത്തവനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് നേരം ഇട്ടവാട് ആർ നടന്ന ഫസ്റ്റ് കളവ് അത് തന്നെയായി എന്തുകൊണ്ട് ഇങ്ങനെ നാഹ്യായ വധഹോ ബാധ്യനായ വധ വജ്രിയൊക്കെ ലാഹിറായ വധുഹ ലാഹിറായ വധ്ര ഉദ്ദേശിച്ചെങ്കിൽ പമ്മാ വജോ ഇല്ല എടുക്കാൻ ഗായു അത് ക്യാബത്തിന്റെ അടി ആണെങ്കിലും അപ്പൊ വമാസറഫും ഇല്ലാത്ത ആ ഭാഗമല്ലാത്ത ബാഹി ഭാഗങ്ങളൊത്തോട്ട് തിരിച്ചു വെച്ചു അയ്യോ ക്യാബ നിൽക്കുന്ന ഭാഗമല്ലാത്ത മറ്റ് ഭാഗങ്ങളെ തൊട്ടെല്ലാം ഞാൻ തിരിച്ചു വെച്ചത് ശരിയാണ് ഞാൻ നേരെവിടെ ഉണ്ട് മറ്റെല്ലാ ജിഹാത്തിനെയും പെട്ടിട്ട് ക്യാബ ഉള്ള ജിഹത്തിലേക്ക് എന്റെ ലാജറായ മുഖം തിരിച്ചു വെച്ചു വളരെ ശരിയാണ് വൾ ക്യാബത്തോ ലൈസത്തെ ജിഹത്ത പക്ഷെ അങ്ങ് പറഞ്ഞില്ല ദില്ല സമാവാദിയല്ലേ അവനെ കൊള്ളുകയാണെങ്കിൽ വൽ ക്യാബത്തു ലൈസൽ ജിഹത്തല്ലത് ഈ പത്തറത്തമാവാസ്യമല്ലോ അതിന് ജിഹത്തല്ലല്ലോ ഇല്ല എന്തെങ്കിലല്ലേ അത്ത യക്കൂരൽ മുത്തവജിഹു ഇലഹ മുത്തവജിഹൻ ഇലഹ്യാവുന്നു ക്യാബിലേക്ക് തിരിഞ്ഞോൻ അള്ളാനെ കൊള്ള തിരിഞ്ഞോനാകണമെങ്കിൽ ക്യാബൻ താങ്കൾ അന്നാടെ ഇഹത്താറുണ്ട് നമ്മൾ ജിഹത്തില്ലല്ലോ ജിഹത്തും കുട്ടികറുകളൊക്കെ അവന് ഇഹാത്ത ചെയ്യുന്ന തൊട്ട് അള്ളാഹു ദശുദ്ധനാണല്ലോ ഇനി വയൻ നടി വജ്ഹൽ കൽബി കൽബിന്റെ വജാണോ ഉദ്ദേശിച്ചത് വജ്ഹത്ത് വജിയൽ കൽബാണോ എന്നാൽ ബഹുബൻ മസുലോബ ഭണ്ഡതന്നെയാണ് അൽ മുത്തു ബി അതുകൊണ്ടാണ് കൽപ്പിക്കപ്പെട്ടതും അവന്റെ കൗലിൽ എങ്ങനെയവ സാധിക്കായി മഹാജാതി പല ആജാത്തിലും പല കറമ്പിലും കൽബിൻ ഇങ്ങനെ വട്ടം കറങ്ങിയാണ് എന്തിട്ട് പറയാൻ കൽബ് അങ്ങനെ പോകുന്നു അപ്പൊ ഈ സാധനങ്ങളല്ല നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ അപ്പൊ മുത്തച്ഛരി എന്ന അസുബാബുകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം ജാഹുംമാരും എങ്ങനെ ഒരുമിച്ച് കൂട്ടാം ഇന്നെന്തെല്ലാം കച്ചവടം ചെയ്യണം എന്തൊക്കെയാണ് നിയമത്ത് കൈയറ്റവാട ചിന്തിക്കുന്നതെങ്കിലും ഓ മൊത്തം പത്തിൽ ചൊല്ലി നെയ്യാം എന്നിട്ട് ഈ കംപ്ലീറ്റ് മുത്തമ്പത്തി ഇത് പറയോ ഇല്ലതീ അപ്പം മൊത്താബാറ്റും അപ്പൊ ഇവന്റെ ഈ അപ്പം ബാഹിറായ മുഖം എന്ന് പറയുമ്പോ അന്നാർക്ക് ലാഹ്യായ മുഖം ജില്ലാണ്ടും പോയി മാതിരായ മുഖത്താണെന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ പറഞ്ഞങ്ങളും പോയി ഏത് മുഖന്ന് ഇല്ലത് ഈ പത്തവ സമാവാസ്യ ശരിക്കും വന്ന മഹാദിഹിൽ ചെറിയ ഖബറുണ്ടൻ ഹത്തേക്കത്തിൽ ശരിയായ തവഹീല ഹട്ടേക്കതിനെ ഖബറാണ് ഏത് വൻ ജീയാന്നുള്ളത് ഒരു ശരിയായ കമാല തവഹീദിനെ തൊട്ട് അത് തന്നെ ഞാൻ നീ എന്താ അല്ല എന്ന് പറഞ്ഞോ മറ്റുള്ള എല്ലാം കിട്ട ഓരോരോ കളി കിടക്കത്തി അക്കൂട്ടത്തിൽ നീ കൂടെണ്ട നീ അല്ലാന്ന് പറഞ്ഞോ സുമ്മർഹും പിന്നെ അവരെ വിട് എന്തിനെ അവർ എന്തിനാ ഉള്ളത് കളിക്കളിച്ചിരുന്നു എന്ന് കൂട്ടിക്കോട്ടെ അതിന്റെ ഒരു പ്രചകമായത് വ്യഹസിനിയാണെന്ന് വയസ്സൽ മുതാദു ബിനി ഒന്നില്ല എന്ന് പറഞ്ഞ നാദുകൊണ്ട് പറയണമെന്നല്ലോ അൽക്കാട് ബില്ലിസാൻ നീ അന്നാന്നൊടിങ്ങിരുന്നോ മറ്റൊരു അൽച്ചോട്ടേ തന്നെ വേന വൈന്നിസാന തർജുമാൻ നിസാനെന്നുള്ളത് തർജുമാത്രമാണ് യെസ്റത്തൻ വസ്ത്രീ ഫുപ്പറ ചിലപ്പോൾ നേരുമ്പോഴും ചിലപ്പം കളവും പറഞ്ഞു അപ്പുറം പറഞ്ഞത് തന്നെയാ അപ്പുറം ഉള്ളത് തന്നെയാണോ ഇതങ്ങോട്ട് പറഞ്ഞെങ്കിൽ ഈ തർജ്ജുമാൻ ആരായി ഉള്ളത് പറഞ്ഞു അല്ലേ അപ്പുറം വേറെ ഇവത് ഇത് എന്റെ വകയൊക്കെന്താ പറഞ്ഞു നോക്കില്ല അന്നാ എന്നെ നോക്കിയടാ നാവോണ്ടാ പറഞ്ഞെന്ന് കൽബോണ്ടാ പറഞ്ഞ് അന്താടെ നോക്കുന്നു അൽ മുത്തർജമു അൻബു എന്നിന് ആണോ നാവ് ഇമ്പാറത്തെട്ട് അതിന്റെ അപ്പുറത്തേക്കാണ് അന്നാലും നോട്ടം അയതാൽ കൽബുമാ അതാണ് ടവീദിന്റെ കേന്ദ്രം കേൾക്കുന്ന അവിടെയും മമ്പറു നാവല്ലാന്ന് നാലാമത്തെ ലഫുൽഗതിയാക്കിയത് അതായത് ഉത്ബോധനം എഴുതി ഉത്ബോധനം നടത്തുമെന്ന് പറയുന്നുളെ ചെല്ലണം പിന്നെ ആടിച്ച മൂലിച്ച പറഞ്ഞാലും പറയണോ ഓപ്പിച്ച വഖദ ഖാലല്ലാഹു തആല വദക്കിർ ഫൈനദ്ദിക്കറാ തംഫുൽ മുഅ്മിൻ നീ തദക്കീർ ദിയോ ആ തദക്കീർ ആർക്ക് ഫലം ചെയ്യും മുഅ്മിനുകൾക്ക് ഫലം ചെയ്യൂന്നല്ലേ വർദതു വഖദ വർദ ഫീ തനാ യല മജാലിസദ് ദിക്കർ മജാലിസദ് ദിക്കർ നിനാന റദാന വന്നിട്ടുണ്ട് അഹ്ബാബും കസീരതു വന്നിട്ടുണ്ട് ഖതവലി ഹിത്തതുല്ലാഹി ഇലാ മർദ ബിരിയാനിൽ ജന്ന സ്വർഗ്ഗത്തിന്റെ തോട്ടങ്ങളിൽ കൂടി നടന ഫർത്തം അവിടെ മേടുന്നു ലേലമെടുക്കുന്ന മജിൻസിലാണ് കൊണ്ടു മുടിവൽക്കാണ് ഇന്ത്യ നിങ്ങൾക്ക് ഇങ്ങനെ ലേലത്തിന് അപേക്ഷ കൊള്ളുന്ന മജിലാണ് സംസ്കാരം ചെയ്യാൻ മേയാ തോട്ടമേതെന്ന് ആന മജാ വസീം ഹദീഫിലെ ഇന്നലില്ലാഹിത്തൽ നിറഞ്ഞി പടുപ്പുകൾ കേൾപ്പിക്കപ്പെട്ട മലക്കെട്ടല്ലോ ഹാഫിനൊക്കെ അവരെ കൂടാതെ കണ്ട് ശയ്യാലയങ്ങളായ ചില അലക്കുകളുണ്ട് ഇലാ റാവും ശബ്ദിക്കല് യുനാദി അലാ അവർ പരസ്പരം വിളിക്കും നമ്മൾ തേടുന്ന കാര്യം ഇതാ വിട കിട്ടി ബേമ്പാന്ന് വിളിക്കും അവർ അവിടത്തെ കെട്ടും അവിടെ അവിടെ പൊതിയും അവിടെ നടക്കുന്നു എന്താണെന്ന് അവർ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് അതേതാ അല പതക്കുറുല പതക്കിരുവും പുത്തും നിങ്ങൾ ഒന്നാക്കിറ്റി നിങ്ങളെ രക്ഷിതെക്കിയതാക്ക ഈ തെറുക്കിയല്ലോ ഫനൊക്കെ ധാരിക്കാം അതിനകത്ത് നെക്കൽ ചെയ്തിട്ട് ഇരാൻ ഈ കാലങ്ങളിൽ അധികം വർണ്ണം മാറി കാണുന്നില്ലേ നടക്കുന്ന അവസ്ഥ ഒക്കെ അവിടത്തേക്കാ നെക്കൽ ചെയ്തു ഇന്നടക്കുന്ന വേദിക്ക് വേണ്ടിയിട്ടാണ് ഓറിയ ആക്രമിക്കുക യുവാരി കൊറേ കിസ്തകള് പാട്ടുകൾ കൊറേ താമത്ത് എന്താ ചത്തഹട്ടാമ്മാർ വിചാരിക്കും ഈ നാല് കാര്യങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് തിത്തയും അഷാറും ഏതാവാം ഏതായിക്കൂടാന്ന് പറയും ശതഹട്ടാമ്മാത്തിന് പ്രത്യേകം പാവന്ന പറയുന്നു ഈ നാലായിടകുന്നു അമ്മൽ കസത്തു ഇന്ന് പറയുന്ന കഥ ഉണ്ടല്ല കുറേ വിരിയാട്ട് അത് വിരിയാട്ട് തന്നെയാണ് فقد ورد نهي السنه في عن الجروثين القصار اكرو كده പറയുന്നത് ആളേക്കിരിക്കാൻ പാടില്ലാതെ സ്വഹീഹു സലഹിനെ എതി ചെയ്തു വകലു എന്നിട്ട് അവർ പറയുന്നത് ലങ്കകുന്നാലിക ഫിദം നി رسول الله صلى الله عليه وسلم തുണ്ടയിരുന്നില്ല വലാകിദം നബിബക്കർ വലാ ഉമർ عليه الله ولا കാലതുള്ള ഹത്ത മഹറത്തു കിത്തിനתו വബഹറുൽ ഖസ്വാ കിത്തിന രംഗത്ത് വന്നപ്പോഴാണ് കഥ പറയുന്ന ആളുകളും വന്നത് കഥാപ്രസംഗം പോയി കൊറേ പാട്ടിലും പാട് കുറെ ഇല്ലാത്തതിലും ബെച്ച് കെട്ടി ഏരി കിട്ടായാലും എള്ളും വെച്ചുണ്ടാവില്ല കടജമിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് പുറത്തു വന്ന് ഇതിട്ടോ കക്കാർ ഓറ് പറഞ്ഞു മാ ആ കഥ ജന എന്നെ പള്ളിയിൽ കീറ്റതല്ല കഴിയുമോ ഇല്ല കാസു ആ കഥ പറഞ്ഞാൽ നല്ല പള്ളിയിട്ടാഴാണ് എന്നെ കീച്ചത് ഓൻ അവലാൽ ഓരില്ലെങ്കിൽ ആ കഥ ചെത്തും ഞാനീ പള്ളിയിൽ ഒന്നെങ്കിലും ആരൊക്കെ ഇക്കണം അല്ലെങ്കിൽ ഞാൻ കേൾക്കണം വിളിക്കുന്ന ആളിലോട്ടാണ് പള്ളിയിരിക്കുന്നവർ കേൾപ്പം പള്ളിപ്പല്ല വക്കാട് നമ്മളെ തെറിയുള്ള എന്ന് പറയുന്ന കൊളുത്തല് സ്വിയാനവടി തങ്ങളോട് ചോദിച്ചി നസ്തക്കതിര കാത്തീ ബുധുഹിന ആ കഥ പറയുന്ന ആളുണ്ടല്ലോ ആരൊക്കെ ഉണ്ട് നമ്മളെ പൊതു കൊണ്ട് മുന്നിട്ട് ഇന്നോട്ടോ സക്കാട് ഓർഡവർന്നറിഞ്ഞോ വല്ലൊരു വിത നറക്കും അട മുകൾ ഇങ്ങനെ തിരിച്ചിട്ടേക്കും നിങ്ങളെ നെഹ്റു ആ വിധേയനോട് അങ്ങോട്ടാക്കി തിരിച്ചിരുന്നു അതിനെ പ്രതികരിച്ചിരുന്നു അതുള്ളിൽ വരുന്നവർ ആ പാടല്ല ഉള്ളിലെപ്പൊഴി മുതലൊക്കെ വന്ന് പഴയ കാലത്തെല്ലാം മുമ്പിൽ ഇങ്ങനെ കേൾക്കലാത് ഇപ്പുണ്ട് ഇങ്ങനെ ബന്ധവർന്ന് നടത്തേക്ക് എന്നിട്ട് കേട്ടു അല്ല തീർന്ന് പൈസ കൊടുക്കാൻ പറഞ്ഞ ഒരാൾ പറഞ്ഞു പുലർക്കുക ഇങ്ങനെ പന്ത് ശരിയായിരുന്നു പക്ഷെ പഴയ കാലത്തെല്ലാം ബാങ് എന്ന് പറഞ്ഞ ബോർ ഈ കാര്യത്തിനു അപ്പൊ പറയുന്നതാണ് കോലം മാറിയപ്പോ കേൾക്കുന്നതാണെങ്കിൽ കൊലം മാറിയാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റും പറയാം നീങ്ങല്ലേ അപ്പൊ അത് മുന്നെന്ന് കെട്ടാനും പേരിന് കട്ടാലും അപ്പൊ ബി നിങ്ങൾ ഉണ്ടാക്കണം നെഹ്റാ തിരിച്ചുണ്ടെന്ന് പറഞ്ഞു മക്കാല ഇബിനാമിനെ അബിനി സീനിയായിട്ട് വിഷയം അപ്പൊ ഞാൻ പറഞ്ഞു അമീർസിന് പിറന്നിട്ട് അമീര് തടഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു സക്കാല അപ്പോള് ഇതിന് ശരിയെ പറഞ്ഞ് ഓസ്പിറ്റൽ ഇഷ്ടമാവീ നല്ല കയ്യാൻ നമ്മളെ റോസീക്ക് ചെയ്തല്ലോ ഈ കടവെ കുറിച്ച് പുറത്താക്കാൻ റോസീക്ക് ചെയ്തല്ലോഹ് ആമൂർന്നു കടന്ന് ജാമിയൻ ബസ് റൈ ഖാസൻ തോന്നുമ്പോഴും കഥ പറയുന്ന തുടങ്ങി ആമ എസ് ആണ് എനിക്ക് വന്നാന്ന് പറയുന്നത് ഈ ആമുള്ളത് ഞാനതാ പറഞ്ഞു സ്വത്തം മൊത്തത്തിൽ കത്ത ആസ് കഥിയുള്ളതായിട്ട് ഉണ്ടാക്കി മതി അടുക്കള കയറി എന്നിട്ട് എം സി ഫുചാറ് കഷത്തിന്റെ ഗോങ്ങനെ പഠിക്കാൻ തുടങ്ങി പറയും നൂറുണ്ടല്ലാ ശരാ തട്ടി എന്താ നാണകെട്ട പണിയെടുക്കുന്നത് അതിനോട് ആ എം എസിനോട് സ്വകാര ലിമ എന്താണോ ഞാൻ ചെയ്ത് തെറ്റി അന ഫീത്തിൻ്റെ സുന്ദത്തിൽ വളർന്ന ഫീ കത്തി നീ കളിയു ഞാൻ ചെയ്തത് സുഖത്തും നീ പറഞ്ഞ കളിക്കും ഏതാണല്ലേ നിക്ഷേ പറഞ്ഞേ അനെന്താ ആഴം വച്ചു നീ ആ ചിലതി പറഞ്ഞ ആഴംബച്ചില്ലേ അത് ഞാനാന്ന് അമ്മ അത് എത്തുക ഞാനെപ്പിച്ച് ഈ കഥ നീ ആയംബച്ച കൊണ്ടല്ലേ ചിലത് ഉദ്ദേശിക്കുന്നു ആയമത് ഞാനാണ് ഞാൻ എന്തോ നീ എന്താ കഥ വക്കാൻ അഹമ്മദ് റബി അള്ളാന്ന് പറഞ്ഞ അസോസി അദീബൻ കളവ് കൂടുതൽ പറയുന്ന ആരാധിക്കും ഞാചകന്മാരുണ്ടല്ലേ സത്സരിച്ച് കത്തലടക്കിയിട്ടില്ല അരിഫ് കണ്ടിട്ട് ദേവസൈസ് ആയി എന്ന് നിങ്ങൾക്കല്ലേ പച്ച കളവറിയു ദാരിദ്ര്യങ്ങളും മറ്റും വാക്റചാണി റബി അള്ള പിടിച്ച് പുറത്താക്കി കസ്താസിനെ ജാമിയൽ ബസ്റയിൽ നിന്ന് ജമാ പിടിച്ച് പുറത്തേക്ക് ഫലം മാ സമയ കലാമൽ ഹസരിൽ റവിചന്ദ്രായ കലാമിൽ കെട്ടപ്പള്ളാം സി ഓരോട് പറഞ്ഞൊരുക്കേണ്ട നിങ്ങളെ നോക്കുമ്പോ ഇതൊക്കെയാണ് എത്തക്കല്ലാർമത്തിൽ ചിന്തിപ്പിക്കുന്നു സംസാര വിഷയങ്ങൾ അതേ തൊട്ട് കാത്തു സൂക്ഷിക്കണം എങ്ങനെ കാത്തു വയ്ദകറുബി അലാ ഇല്ലാഹി തആല വനഅമയിഹി അല്ലാഹുവിന്റെ നിർമത്തുകൾ എന്തൊക്കെയാണോ നമ്മൾ കേതി ഉദ്ദേശിക്കുന്നു വതഖസീറൻ അബ്ദി ഫീ ശുക്രിഹി ആണിർമത്തുകളെ ശുക്റ് ചെയ്യുന്ന വിഷയത്തിൽ അബ്ദ പോരായ്മ വെറുത്തിട്ടുണ്ട് എന്നുമാണ് ഓറവാൻസ് ശുക്രാ വയുഅദ്ദു ഫഹകറത്തു ദുന്യാ വഅയൂബഹ ദുന്യാവ എത്രമാത്രം ഹഖീറാണ് അതിന് എന്തൊക്കെ ൈബുകളുണ്ട് അത് എത്രമാത്രം പെട്ടെന്ന് കഴിഞ്ഞുപോകുന്നു അസ്റമന്ന നവേഗം കഴിഞ്ഞുപോകുന്നു വാൻ അക്കത്തി അഹദീഹ ദുഞ്ചാവിന്റെ വാർത്ത തങ്ങളിൽ ലംഘിക്കപ്പെടുന്നുണ്ട് പല ഭൂതികളും പറ്റി നിന്ന് നടക്കുന്ന ഒന്നും നടക്കുന്നില്ല ആശയത്തിന്റെ ഗൗരവം എത്ര മാത്രമുണ്ട് വാഹുവാനിഹ ഇതൊക്കെയായിരുന്നു ആ ഒരു വിഷയം അച്ഛനും ബത്തീ തങ്ങളും അപ്പൊ ഓർപ്പുറപ്പാക്കിയില്ല ബാക്കി ശരിക്കും ശരിയായ മെഹമൂദായീ അതാണ് അതാണ് ഹദീഫിൽ പ്രേരിപ്പിച്ചത് ഏതൊരു ഒരേ മജുലിൽ ഞാൻ പങ്കെടുക്കുന്നു ആയിരം ബക്കാർ ദുസ്കരിക്കുന്നതിനേക്കാണ് അഫന്ദൽ എന്ന് പറഞ്ഞ മജുലിഖാണമെങ്കിൽ ഇതാണ് ിൽ ആററാവൽ അഫഗലമിൻ അൽഫിമലിയലിന്ന് പറഞ്ഞത് ആയിരം രോഗികളെ സന്ദർശിക്കുന്നതിനേക്കാൾ അഫതൽ മധുരത്തി എൽമിൻ അഫഗലമിൻ സുഹോദി അൽഫി ജനാദത്തിൽ ആയിരം ജനാദക്ക് പങ്കെടുക്കുന്നതിനേക്കാൾ അഫതലാണേത് മധുരത്തിൽ പങ്കെടുക്കരുത് ഖുഹാനേക്കാളും അഫതലാകുമോ എന്ന് ചോദിച്ചു ഏത് എൽമിന്റെ മതിരിച്ചു ുടെലിസിന്റെ ദോഷങ്ങൾ പൊറത്തിക്കുന്നതാണ് ധിക്കിറിന്റെ ഒരു മജിലിസ് എന്ന് പറഞ്ഞ ഏത് ദിക്കിറിന്റെ എങ്ങനത്തെ ധിക്കിർ എങ്ങനത്തെ ദിക്കീർ പക്ഷെ മുസഹരി ഇന്ന് ചമയിക്കുന്ന കൂട്ടറുണ്ടല്ല ഇന്നത്തെ ഭാഗം വേറൊരു മുസഹരിഫിങ്ങൾ ഈ ഹദീത്തുകളൊക്കെ എന്താക്കി നിറയോ ഒരുത്താട് ശേഖരിച്ചു വെച്ചെല്ലാം നമ്മളെ മധുരത്തിന് വളരെ കൂടി വന്നതാന്ന് പറയുന്നത് നമുക്ക് ഹൃജ്ജനത്തിയും ഫൊത്തിഹിയും അവരുടെ നസിനെ തകക്കിയത്താക്കാൻ ഋജത്തായിട്ട് ഈ ഹദീസിനെ ഉപയോഗപ്പെടുത്തിയത് ീർ എന്ന പേര് നെക്കൽ ചെയ്തു ഇവർ നടത്തുന്ന കുറാഫാത്തിലേക്ക് നെക്കൽ ചെയ്തിരിക്കുന്നു ഇതൊക്കെയാണ് തദ്ദേശം തരീക്ക് മഹമ്മൂദ് ഹസൽ ബസരി തങ്ങൾ നടത്തുന്നത് പോലെ മഹമ്മൂദായ തരീക്കുണ്ടല്ലോ അതിനെ തൊട്ട് കഫലത്തിലായി പോയിരിക്കുന്നു അല്ല തീ തീർച്ചയായി വന്നു ചില കിത്തുകളാണോ ചുവലായിരുന്നു ആ ചുവലിലാണെങ്കിലോ വിവിധങ്ങളാ എക്സലാഫാത്തിന്റെ താഫിക്കായിട്ട് ഒന്നും എത്തി തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനത്തെ ഒരുപാട് കിത്തുണ്ട് കാര്യം അത് കൂട്ടിമുട്ടിക്കാൻ കഴിയാത്തത് എക്സലാഫാത്ത് ഒരു കിതാബിലെങ്ങനെയാണോ വേറൊരു കിതാബിൽ എങ്ങനെയായിരിക്കും കീരും കോലും കൊണ്ട് എവിടെ എത്തിക്കേണ്ടത് രീതിയില്ല അതോടൊപ്പം തന്നെ ചിലതിൽ ജ്യാതത്തുണ്ട് ചിലതിൽ കൊസാരുണ്ട് ചില കഥ പറഞ്ഞേക്കല്ല ദേവത്തിന്റെ കില്ല പിടിച്ചിട്ട് ബാല്യക്കാരൻ കരിയെന്ന് കണ്ടുപോയിട്ട് കരഞ്ഞും കൊണ്ട് വന്നു വന്നു രവീന്ദ്രമുമാർ അദ്ദേഹത്തിൽ കരിയുന്നത് കില്ല പിടിച്ചിട്ട് ബാല്യക്കാരൻ കഴിഞ്ഞ് കരച്ചിൽ കണ്ട മനസ്സിലങ്ങിട്ട് ബന്ധമായി തന്നെ അപ്പൊ സംഭവ ഈ മൂന്നാളിപ്പോണോ മക്കത്തുണ്ടാണോ കഥ പറഞ്ഞോക്കുമ്പോൾ അൻസാരികൾ ഇപ്പോഴത്തെ ഈ പണങ്ങൾ ഇന്നലെ മരിച്ച കഫം കൂടെ കാക്കാൻ പോയി അൻസാരികൾ എങ്ങനെ മക്കത്തുണ്ടായിരുന്നു ഇതേങ്ങൾ ലബിസണ്ണി നമ്മൾ ആട്ടിയും കുറിച്ച് പാലിച്ചതിന്റെ അവസാനം അന്ത കലിയൊരു മോനിക്ക് ചോറ് കൊടുക്കുന്ന കഴിഞ്ഞാ ഓനിക്കൊന്നും വായു കൊടുക്കുന്ന ഇങ്ങനെ കൽതി വരും അന്ത കലപ്പം പറഞ്ഞാ മൂന്ന് പറയാണ്ട് ഞാൻ പറയാൻ ഞാൻ പി എസ് എല്ലാം എന്തുകൊണ്ട് കൊടുത്തിരുന്നു അത് അല്ല ആ നീനൊന്നും പറഞ്ഞില്ലാടാന്ന് പറഞ്ഞു ആ ഞാൻ സാധനീനല്ലോ നല്ല നല്ല സംഭവങ്ങളും അതെല്ലാം പറഞ്ഞാ മതി പറഞ്ഞല്ലേ അതാ ത്തുകളും ദുഃഖങ്ങളും ഇഷ്തലാഫാത്തും വാരിതത്തെ ഖുർആാനിൽ വാരിതായ കിസ്സയെ പെട്ടെന്ന് പുറത്തു പോയിട്ടുണ്ട് അസീജ് ഖുർആനിൽ പറയാത്ത ഞാൻ കണ സാഹിത്യം ഉണ്ടാവുന്നു എന്തുകൊണ്ട് കത്തകളിലുണ്ട് ചിലത് മായു കേട്ടാൻ ഉപകാരപ്പെടുത്തുന്ന കഥയുണ്ട് കേട്ടാൽ നിറവു വ്യസന്നിയുണ്ട് ചിലപ്പോൾ വൈകാന സാധിക്കാൻ സംഗതി തിരഞ്ഞായിരിക്കാം എന്നാണ് കേട്ടാത്തതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല നമ്മക്കോറിഞ്ഞില്ലേ ഒരു അമ്പത് ഉണ്ടായിന് അമ്പത് രീതി ഉണ്ടാക്കുമ്പോഴും റബ്ബിലവരെ മാത്രം തീരുമാനിച്ച അയാള് കുപ്പലക്കി സൂപ്പർവൈസറിൽ മുക്കിയിട്ട് ഇങ്ങനെ കുട്ടികൾ നടക്കുമ്പോഴും പിന്നെ പന്നിണ്ടി ഉണ്ടാകുമ്പോഴും എനിക്ക് ഇച്ചോട് കിട്ടിക്കാൻ പോലെ നമുക്ക് പച്ചലി പക്ഷേ ഈ സമ്പത്ത് നടക്കുമ്പോൾ കുറച്ച് ഒന്നറിയില്ല പിന്നെ ഇയാളെ വേറെ അവിടെ ചെന്നൈ ഖനാ കണ്ട് തുത്തിലേക്ക് നോക്കും വന്നാൽ മതി നീ ഞാൻ അമീലിലെല്ലാം കൊല്ലം നല്ല അലച്ചിപ്പാടിയിട്ട് റബീലിന്റെ ഒരു മംഗസോളം തോന്നിയില്ലേ അതുകൊണ്ട് എല്ലാ ദോഷം ഓർക്കാൻ ഖനാ കണ്ടി അല്ലേ വങ്കസോളി പിന്നെ പതായി ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് അതിന്റെ പതായി ആരെങ്കിലും ഇങ്ങനത്തെ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ എന്താവുന്നറിഞ്ഞോ ഇഷ്ടക്കും കതിമും തമ്മിൽ കൂടിക്കലരും ഉപകാരമുള്ളത് ഏത് ഉപദ്രവിക്കുന്ന കഥ ഏത് എന്നുള്ളത് കൂടിക്കരുത് ഒഹിഞ്ഞാൻ ഇത് കൊണ്ടാണ് അത് വിരോധിക്കപ്പെടാനുള്ള കാരണം വലിതാലിക്ക് താൻ അഹമ്മദ് ബിൻ അഹമ്മദ് സാധിക്കാതെ ഒരു കഥ പറയുന്ന ഒരാള് ജനങ്ങൾക്ക് വളരെ ആവശ്യമായിരുന്നതിനെ എന്ന് പറഞ്ഞു ഇത് ഒരു ദീർഘായ രീതിയിൽ പറഞ്ഞാൽ കഥത്തിൽ എനി പറയുന്ന സ്വയംകാലത്തിൽ കിസത്തും ഈ കിസത്തിൽ ലംബിയ അവതരിപ്പിക്കുന്ന ചരിത്രങ്ങൾ അമ്പിയാക്കള കഥകളിൽപ്പെട്ടതാണ് സീമാക്കും യമോലി ദീനയും അത് അവരുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അമ്പിയാക്കളുടെ ദീനും അവരെ പ്രചരണമുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടത് വക്കാലം കാസ് സാധിക്കാൻ ഈ കഥ പറയുന്ന ആളാരായിരിക്കണം സാധിക്കായിരിക്കും വേണം മാത്രമോ സനീഹിവായുവായത്ത് വളരെ സിഹത്തായി റിവായത്ത് ചെയ്യുന്ന ഇതല്ല എന്റെ അബ്ദിയാക്കളെ വിഷമത്തിനെതിരാക്കി കഥ പറയുന്ന ആളൊന്നും പറ്റില്ല ഞാതൊരു ദോഷവും ഞാൻ കാണുന്നില്ല അതാ വേറൊരു പറയുന്നത് അങ്ങനത്തെ കഥ പറഞ്ഞ ഞാൻ ദൂഷ്യമൊന്നും പറയുന്നില്ല കതിവ വഹിക്കാൽ അതുപോലെ കതിവിനെ സൂക്ഷിച്ചുകൊള്ളണം ചില അഹ്വാളത്ത് ചെയ്യില്ലേ എങ്ങനത്തെ അഹ്വാളി ൂമി പോയില്ല അപബാത്തിൻ അവരുടെ ജീവിതത്തിൽ എപ്പോ ഉണ്ടാ ചെറിയ ഹുണ്ടാവും അത് പൊക്കിപ്പുറം ജനങ്ങളോട് പറഞ്ഞിട്ട് ജനങ്ങളെന്താക്കും അമ്പാക്കൾ അവരെ കുറ്റം ചെയ്തില്ലടാ പിന്നെ അമ്മ അമ്മ എന്ത് ചെയ്താലെന്താ ആ മുസാഹലാത്തിൻ അല്ലെങ്കിൽ ചെറിയൊരു മുസാഹലാത്താണ് അത് മാഴ്സ്യത്തൊന്നും പറയാനുണ്ടാവൂല അതിന്റെ യഥാർത്ഥം ആ സംഭവം എന്താണ് എന്ന് പൊതുജനത്തിനുണ്ടാവില്ല തിരിയാൻ മാത്രം ഓറെ ബുദ്ധിയത്തിൽ ഉണ്ടാവൂല അല്ലെങ്കിൽ അവൻ കോനിഹത്തൻ നാതിരത്തൻ ജീവിതം നീണ്ട ജീവിതകാലത്ത് ഉണ്ടായ ചെറിയ മാത്രായിരിക്കും ഒരു കടല മൂത്രം വീട്ടിയാണ് തുള്ളി മൂത്രം കൂടാണൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ മൂർന്ത പത്തമ്പി ശക്തിവാദത്തിൻ്റെ മൂത്തതാറക്കത്തിന്റെ ഹസനാട്ട് അതിനുശേഷം ആഴത്തിലുള്ള ചിന്തകളും ഹസനാത്തുകൊണ്ട് ധാരാളം ചെയ്തുകൊണ്ടത് മുഴുവൻ തൈ പുറത്തിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും അത് മറുവശം നോക്കിയിട്ടില്ല ഇത് മാത്രം സഹത്ത അനൈഹ ഈ ഹസനാത്തനൈഹ ഈ ബന്ധുവായ ഒരു ഹപ്പുവത്തട ഒരു ചെറിയ അതിനെന്താക്കും ഇത്രയും ഹനാത്ത കൊണ്ട് ശേഷം മൂടിക്കളഞ്ഞിട്ടുണ്ട് അത് മുഴുവൻ തെഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയില്ല ഫൈനൽ ആമിയ ഈ കേക്ക് ആമിയ എന്താക്കുന്നുള്ളറോ യാത്രാസമിത ആലിക്ക മറ്റേതായിരിക്കും മുറുകിലുണ്ടായി ഈ മുസാഹലാസിന് അപവാത്തിലും അതിന് പരിഹാരമായി എന്ത് ചെയ്തു ആദണ്ഡം ഇത് വാങ്ങുന്നതാണെന്ന് പരിപെടുത്ത് പറയാ പക്ഷെ ഇരുന്നൂറ് കൊള്ളം കരഞ്ഞിട്ട് ആ കരുന്നക്ക് തടാനം പോലെ വെള്ളം ഒഴുകിയിരുന്നു കണ്ണിനീരി എന്നിട്ട് അവിടെ പുല്ല് ഒളച്ചിരുന്നു കാണുന്ന സംഭവം അത് മറുവശം ചിന്തിച്ചിട്ടില്ല ഇന്നഹി ഇന്നപിനിയഹനിയെന്ന് പറഞ്ഞു പോയില്ല ഇന്നു അറിയത്തില്ല ഇതെത്ര കൊല്ലാകാന്ന് പറഞ്ഞ പറഞ്ഞു എന്നിട്ടോ ഈ അപ്പമാവനെന്തോ തെറ്റെയ്തിട്ടുണ്ടാവും അതിനെന്താക്കി നേരെ നല്ല വെറുതാക്കടെ പിടിച്ച് വെച്ചെ നമ്മളക്കെ മെഞ്ഞാട അങ്ങനെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് പോലും നമ്മോറില്ല നമ്മോർക്ക് ആലിക്കുന്ന ആളില്ല നമ്മൾക്കാണ് ബെൽ ചെയ്താൽ ആലോചിക്കാനുള്ള അപ്പൊ തോബയിലെല്ലാം പ്രകടിപ്പിച്ച് തെറ്റെയ്യാനുള്ള ന്യായീകരണത്തിലേക്ക് എത്തിച്ചത് ഇവരെ കഥ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് തൊട്ടും പോലും നമ്മളാരിൽ നമ്മൾ പറഞ്ഞ കുത്തഞ്ചെയ് സാധുക്കോ ഓർക്കെല്ലാം പെച്ച് ചെയ്യുമ്പോഴും നമ്മക്ക് വെച്ചില്ല അത്ഭുത എന്താ അക്ബറും ഇല്ല നമ്മളിനെ വലിയ നേതാക്കന്മാർ വലിയ കുറ്റം ചെയ്തിട്ടില്ലേ എന്നതിൽ പിടിച്ചിട്ട് ഇവരെന്താക്കും അല്ലാറിന്റെ മുമ്പിന് ഇത് തെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണ വസ്തുവായ നല്ല ധൈര്യം പകരുന്ന കാര്യമായിട്ട് മാറിയിരിക്കുന്നു ഇവന്റെ അർത്ഥം കൊണ്ടുണ്ടായി അതുകൊണ്ട് വാടക സൂക്ഷിച്ചോളന്ന സഹിഹായാകും ചില കഥകൾ പറയാൻ പറ്റൂല ഇപ്പഴാണ് തോന്നുന്നത് എനിക്ക് അത് കാണുന്നതിന് മുമ്പ് പണ്ട് നിങ്ങൾ ലത്തീഫിന്റെ ഞാൻ വേണ്ടി പറയുന്നില്ല അന്ന് പറഞ്ഞോന്നിരുന്നു ചിലപ്പോ സഹിഹായ വിതാക്കി തന്നെ ഉണ്ടാ ചില കഥകൾ അതിനക്കുവാനും അവരുടെ അവരുടെ ഉന്നതമായ പകുതി നിരക്കാത്തെങ്കിലും ഹിമാകുന്നവരുണ്ടെങ്കിൽ മുണ്ടാൻ പാടില്ല അതാണ് അങ്ങനെ കുറിച്ചു കൂടിയത് അടുത്ത് പൊക്കാൻ പാടില്ല ഓരോ പൊർപ്പിക്കാൻ വേണ്ടി വെടുന്നെല്ലാം ചെയ്ത് ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അന്നാണ് എനിക്കുണ്ടാവൂലേ ചെളുപ്പത് ഞമ്മ പറഞ്ഞു ചെറിയ വൃത്തിയാക്കാൻ എടുത്തിട്ട് വനസാദമുറബു പകമാ പറഞ്ഞ് സുമ്മിത്തമാഹു റബ്ബു എന്തോണ്ട് പറഞ്ഞില്ല സുമ്മിത്തമാഹു റബ്ബു കൊണ്ടാൽ മൂടിയില്ലേ അന്നെ ചോദിക്കാത്ത അടുത്ത് പൊക്കി പറയുന്നത് ഈ രണ്ട് മഹദൂറേത് കളവറയിൽ വരാതിരിക്കാൻ തൂക്ഷിക്കണം അതുപോലെ അവർക്ക് സംഭവിച്ച ചില അപവാത്തുകൾ എന്തെങ്കിലും എടുത്ത് പൊക്കി പറയാൻ പാടില്ല എന്നും പറഞ്ഞല്ലോ അത് രണ്ടും സൂക്ഷിച്ചാൽ ഫലാഭവിഷ്ടമ പറയാനൊന്നുമില്ല വൈന്ദ കാലിക്ക ആസരത്തിൽ എവിടത്തേക്കെത്തും മഹമൂദ മഹമൂദായ ഗിസ്യിലേക്കൊക്കെ എത്തിച്ചേർന്നു അല്ലേ ിൽ വാരിതായ കിട്ടയിലേക്കും മടങ്ങിടാ മാത്രമല്ല അഖമാർ അറിയുകളാൽ സഹീഹിന്റെ കിതാബുകളിൽ വാരിതായതിലേക്കും എത്തിച്ചേർന്നു അതുകൊണ്ട് സൂചിച്ച് നീങ്ങ അതാണ് ഇന്നലാത്തിൽ സയ്യാത്തിന്റെ ആ തകുപ്പെന്ന് തോന്നി ഞാൻ നമ്മുടെ വിദ്യ എല്ലാ തപത്തിന്റെ വിശാലും അവളെ ലഭിച്ചിട്ടുണ്ട് ചില കൂട്ടർ പറയുന്ന താരത്തിൽ പ്രേരിപ്പിക്കാൻ വേണ്ടി ടി കണ്ട കഥകളൊക്കെ ഉണ്ടാക്കി വിരോധയില്ല നല്ല അച്ചി ആഴത്തിൽ പ്രേരിപ്പിക്കാനും ആശയത്തിനെ തൊട്ട് വിലങ്ങാനും ഒക്കെ കുറെ കള്ള കഥകളൊക്കെ പലതും പറഞ്ഞിട്ട് ജനങ്ങളൊക്കെ പഠിപ്പിക്കാം അവൻ ബാധിക്കുന്നത് ഹക്കിലേക്ക് ചണിക്കലാണത് നല്ല ഉദ്ദേശത്തിനാണെന്ന് ബാധിക്കുന്നത് എന്നെ ദുർബോധനങ്ങളാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത് എന്തിനാ കളഞ്ഞിട്ട് നാല് ലക്ഷം വെച്ച് കളി നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം കുറ മതിയില്ലേ ഫൈൻ എഫ് എടുക്കും മസൂഹത്തിന് അനുസരിച്ച് ഇവിടെ സ്ഥിതിക്കായൊക്കെ തൊട്ട് കഴിച്ചലാകാൻ പറയുന്നു അള്ളാഹു താൻ അവതരിപ്പിച്ചതിലും റസൂദല്ലാ ഹൈസത്തെല്ലാം പറഞ്ഞതിലും കളവുണ്ടാക്കുന്ന തൊട്ട് എത്രയും കഴിച്ചലാകാൻ ആവശ്യമായ കോൾ കൂടിയില്ലേ എന്തിനാണ് നിന്റെ കളവ് ഇന്നേട്ടെന്ന് എത്തരത്തിൽ വക്കത് കരിഞ്ഞ കല്ലുഫത്ത ഒരു സജായായ പ്രയോഗം ഉണ്ടല്ലോ കളുകാടുക്കട്ടെ വാചകത്തെ പ്രാസ്വപ്പിച്ചിട്ട് പറയുന്നുണ്ടല്ല അതുപോലെ വിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്താ പിന്നെ കളവ് ജനങ്ങളെ ആകർഷിക്കാൻ നല്ല കാര്യല്ലേ പ്രാസ്വപ്പിച്ചിട്ട് ഇങ്ങനെ പറയുന്നു അന്ന് അതുപോലും വേണ്ടെന്നാണ് പിന്നെ കളവ് വളരെ താലിക്കുമ്പോ അതും തസന്നിയിലും കോളം കെട്ടേണ്ടത് പറയുന്നില്ല കേട്ടപ്പൊപ്പം പറഞ്ഞോ ഹാ നല്ല നെയ് പുല നിന്ന എനിക്ക് കണ്ണൂടെ ഉണ്ടാക്കുന്ന കാര്യം ഇത് തന്നെയാണ് ഉപ്പയായിരിക്കും നിന്നെ കണ്ണൂടെ ഉണ്ടാക്കുന്ന കാര്യം ഇതാണ് അതുകൊണ്ട് ലാ കണയു ഹാജത്ത് കാമ്പതാ നിന്റെ ഒരു കാര്യം ഞാനൊരിക്കലും എനിക്ക് പൂർത്തിയാക്കി തരില്ല എന്ന് കത്താത്ത തൂബ ഇതിൽ നീ തോബ ആവശ്യം വന്നത് ഇപ്പോഴടുത്ത് വന്നതായിരുന്നു അത് ഞാൻ സദ്യ വർപ്പിച്ചിട്ട് പറഞ്ഞു ഇത് തന്നെയാണ് ഇന്നെനിക്ക് കണ്ടുകൊണ്ടാണ്ടാക്കി നീ തോബ ചെയ്യാണ്ട് വന്നതി ആദ്യത്തെ കുട്ടി തരില്ല ഇതാ വക്കത് ഈ ഹാജത്തി ോട് പറഞ്ഞു എന്തിനും മൂന്ന് സജയത്ത് വന്നിട്ടുണ്ട് അബ്ദുലാഹബ് പ്രവാഹത്തിനോട് പറഞ്ഞു അല കലിമ അപ്പോഴേ ഇവിടെ മൂന്നല്ലേ അപ്പൊ രണ്ടിനാക്കാണ് കൂടിയാൽ മൂന്നൈ അപ്പ മഹദൂർ ആയിന്നല്ലേ വന്നത് അബ്ദുള്ള പ്രഭാഹത്ത് മൂന്ന് കടിമത്തിലാണ് പറഞ്ഞത് അപ്പൊ രണ്ടിനാൽക്കാണ് വർദ്ധിച്ചു പോയാൽ മൂന്നത്തിയമ്പം മഹദൂറായി വണിതാളി ദിയത്തിൽ ജനീനേതാ വാറ്റിൽ കിടക്കുന്ന ചെറിയ കുട്ടി നിർബന്ധ ശിശു അതിന് ദിയത്ത് ദിയത്ത് ഒന്ന് നാലിനാടെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അതിനെന്താക്കണം നഷ്ടപരിഹാരം കൊടുക്കണം അതിന് ദിയത്തിന്റെ അവിടെ കൈഫനി മല്ല ചരിപവല അച്ചൽ ിമത്ത് സംശയുണ്ട് അപ്പൊ മൂന്നുകനിമത്ത് പറഞ്ഞു മറ്റവിടെ പറയുന്ന തന്നിട്ടില്ല കുടിച്ചിട്ടില്ലാത്ത ആക്ക് തീയത്ത് കൊടുക്കയോ ആ കുട്ടിക്ക് ആ കുട്ടിനെ കൊന്ന പറിച്ചിട്ടില്ല കരുതിട്ടില്ല അങ്ങനത്തെ കുട്ടിക്കോ ഇങ്ങനത്തെതെല്ലാം ഒരു പാഴുപേരല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു മറുപടി പറഞ്ഞത് അപ്പൊ മൂന്ന് കനിമത്തിൽ വന്നതാ വല്ലാശലിമൽ പറഞ്ഞു ആ സജ്ജയിൽ സജ പോജാണോ നീ പറയുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ബാലനെ പറ്റി കത്തനെപ്പറ്റി മുമ്പറ പറഞ്ഞു ഇതെന്താ ചേർ നേരത്തെ കത്തത്ത് ചേര് ചത്തഹട്ടാകുമ്പോൾ ബാലണ്ടാവുന്നത് ൾ അധികവും ബാധുകളിൽ അധികമാകാൻ മതമോമൻ തന്നെയാകുന്നു അവര് പറയും അതിന് ചിക്കുമത്തടങ്ങണം നമ്മൾ പറയുന്ന ആശയത്തിനോട് അതിനോട് ഒരു കൂറുണ്ടാകണം അങ്ങനെയുള്ള പാട്ടുകൾ പറയുന്നതിന് വിരോധിയില്ല പക്ഷെ പാട്ടുകൊണ്ടെന്നെ ഉറക്കപ്പെട്ട പറ്റില്ല ാണ് അവ പിൻപറ്റൽ ഭൂഫായ മനസ്സരിവിനും വാതിലായിട്ടുണ്ട് അന്നും മട്ടിലിടക്കുന്ന കാണുന്നില്ലേ ഈ കവികൾക്ക് പലതരത്തിലെ സങ്കല്പങ്ങളുണ്ടാവും സങ്കല്പത്തിലിങ്ങനെ പാട്ടുണ്ടാക്കി വകാല താഴാലാതിട്ട് നബീസ് എന്നുള്ള അന്വേഷണം മധിയുമ്പോ പറയുന്നുണ്ടാണ് ഉമാല്ലം നാവു ചേദ ചേത് ഞാൻ തങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുമില്ല ഉമാ എന്തോ താങ്കൾക്ക് അത് അനുയോജിക്കുമല്ലാന്നാണ് അപ്പൊ ചേത് എന്നുള്ളത് നിമൂപത്തിന്റെ മക്കാന്ന് യോജിച്ചതെല്ലാം അല്ലെ താങ്കൾക്ക് എന്തെല്ലാം പഠിപ്പിച്ചതെന്നുള്ള നിയമത്തെണ്ണി അല്ലംക്ക് മാലം തക്കും താരം പക്ഷെ അതൊരു ചേരോടുപ്പിച്ചിട്ടില്ല റുമായ പാട്ടില്ലേ പതിവാക്കിയത്വാ ചില പാട്ടുകളും ഡെയിലി മഞ്ജിലുണ്ടെങ്കിലും പാട്ടുകളുണ്ടല്ലോ ആറ്റും അശോക്കൻ നമ്പനി അതുപോലെ മശൂക്കിന്റെ ജമാലി വേറെ തമ്മിൽ കണ്ടുമുട്ടുമ്പുണ്ടാകുന്ന ആ റോഷും അത് വേർതിരിയുമ്പുണ്ടാകുന്ന അലബുൾ ഫിറാക്ക് ഇതെല്ലാം പറയുന്ന പാട്ടുകൾ പക്ഷെ ഇന്നെന്താക്കും സിനിമാ നടന്മാരുടെ പാട്ടാക്കിക്കൊണ്ട് തന്നെ അതെന്നെ അങ്ങനെ അവതരിപ്പിക്കാനും ഈ പാടുന്ന മജലിസ് അങ്ങനുണ്ട് ലഹി ലാസുൽപ്പെട്ട കുറച്ച് കുതിരകളെല്ലാണ്ട് ആരുണ്ടാവില്ല ആ കേട്ടാലെന്താക്കും മറ്റേ സിനിമ പാടി അതേ പാട്ട് വെച്ചാൽ അതേ കഥാപാത്രങ്ങളാണ് ഈ പാട്ടിലുള്ളൂ പക്ഷെ പാട്ട് ഇത് അറബിയായി ഉറുദ്ദുവായി ഉണ്ടാവും ും വസുലത്തും വിശ്ചഹവാത്ത് പലതരത്തിലുള്ള ചഹവാത്ത് കൊണ്ടാണ് ഈ കേൾക്കാനിരിക്കുന്നുള്ള മനസ്സിലുള്ളത് അപ്പൊ പുലോബും അവടെ കൽബോ വരമും പക്കത്തിന്റെ നനലിസിയാത്ത ഭംഗിയുള്ള മുഖങ്ങളിലേക്ക് നോക്കലിന തൊട്ട് കഴിയാത്ത കൽബുകളാണ് അപ്പൊ പല സുഹൃത്തിക്കുള്ള ഇവർ പാടിയ പാട്ടടച്ചിവിടൂല ഈ കൊലോ ബിഹിം അവടെ കൽബിൽ നിന്ന് ഇല്ലാമാവും മുത്തത്തിനും സീഹ അവടെ കല് നേരത്തെ ഒളിപ്പിച്ച് വച്ചോ പ്രേമങ്ങളും അത് ഇതെല്ലാം ഉണ്ടാവും അതിന് ഇളക്കിവിടലുണ്ടായി അവിനക്കുമാരുടെ പാട്ട് ചെറുത് കാണുന്നതിനായി ഓരോ ഈ കഥാപാത്രങ്ങൾ ഇതൊന്നും അയക്കൂലം അതിന് ആ രീതിക്ക് നല്ല രീതിയില്ലേ അറബിയിലെ ശരിയായ രീതിയിൽ ഉണ്ടാവില്ലേ അച്ഛാന്ത പാടിയ പാട്ടിന്റെ രീതിയിലുണ്ടാവില്ലേ സിനിമയായാലേ സിനിമക്ക് ഒപ്പു തോന്നുന്നുണ്ട് പ്രതച്ച ഒരു കീഹ അപ്പൊ നിങ്ങളെ പാട്ടുകൊണ്ട് ഓരോ കൺപിൽ കത്തിയാളുന്നത് നീറാൻ ഷഹബാ ആ കൺപിൽ മുളിപ്പിച്ചു വെക്കപ്പെട്ട സഹവാ തന്നെ നീറാൻ അവപ്പോ അവർ അതാ ബോധം കെട്ടുന്ന് വയറ്റമാചൂന അവർ വജു പ്രകടിപ്പിക്കുന്നു അവർ കുപ്പായം കയറുന്നു പൂക്കുന്നു പൊളിക്കുന്നതെന്നും പറയേണ്ട പക്ഷേ ഇതൊന്നു നിങ്ങളെ പാട്ടിന്റെ ഈ അള്ളാഹ് കൊണ്ടിരുന്നെല്ലാം അതിൽ കാണിക്കുന്നു അതിൽപ്പെട്ട അധികവും ഔഹുല്ലു അധികം എന്ന് പറഞ്ഞാലും പടം മുഴുവനും തന്നെ ഒരു തരത്തിലുള്ള പസാദിലേക്കാണ് എത്തിച്ചേരുന്നത് പലാജമ്പ അതുകൊണ്ട് പാട്ടുകളിൽ നിന്ന് ഉപയോഗിക്കാൻ പാടില്ല ഇല്ലാ മാ നല്ല വാളിറങ്ങിയ പാട്ടുകളല്ലാതെ ഷാഫിമാവിന്റെ നല്ല ഹെക്കുമറങ്ങിയ പാട്ടുണ്ടല്ല ഔഹിക്കിമത്തിൻ അല്ലെങ്കിൽ ഹിക്മത്ത് അറങ്ങിയ പാട്ടുകളല്ലാതെ അത് നിങ്ങൾ പറഞ്ഞ ആശയത്തിന്റെ ഒരു സാക്ഷിയായിക്കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു ഈനാസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിടക്കൊരു പാട്ടെന്ന് പാടിയാണെങ്കിൽ അതിനുവേണ്ടി ചില അതെ കൊണ്ടുവരാൻ പാടില്ല ഹിക്കുമ്പോൾ പാട്ടുകളിലും കൊണ്ട് ചില ഹിറ്റുമത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത്തരത്തിലുള്ള പാട്ട് പാടിക്കോ നിങ്ങളിരിക്കുന്ന മതിരി ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകക്കാരായ നല്ല തിരുവാതിര ആളുണ്ടെങ്കിലും അല്ലോ അവരുടെ കൽബുകൾ അന്നാമത് മഹാനഹ താലാന്റെ മഹപ്പത്തിന്റെ മേൽ മുസ്തകരിക്കാണ് എന്ന് ആർക്ക് തെളിഞ്ഞിട്ടുണ്ട് പറയുന്ന ആർക്ക് തന്നിട്ടുണ്ട് അയ്യും ഈ ഭാരനായി വന്ന പുലർക്കെ വേറെ കൽബല്ലോ സിനിമാ നടന്മാരുടെ അഹബത്തിലേക്കല്ല ഉള്ളത് അല്ലാണ്ട് അഹബത്തിൽ പൂണ്ടുപിടിച്ച കൂട്ടരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പാട്ടുപാടി ഉണ്ടാക്കും അല്ലാണ്ട് അഹമ്മത്തിന്റെ മുകളിലേക്ക് അധംബസിൽ പോയിക്കോളും വലം ഞെക്കും ആ കൂട്ടത്തിൽ കൈർ ഉണ്ടാകാനും പാടില്ല അങ്ങനെയാണെങ്കിൽ പൈന്ന മുലായി പാട്ട് അവർക്ക് യാതൊരു ഉറങ്ങും തിരില്ല എങ്ങനത്തെ കൽക്ക് കൽക്കിനെ സ്നേഹിച്ച പാട്ടായിരിക്കും അനാമസകോലംബി ലൈലെന്ന് പറഞ്ഞ അനാന്ന കൽക്കാണ് മറ്റകോലംബി ലൈല ആരാന്ന് കൽക്കന്ന് കൽക്ക് കൽക്കിനെ സ്നേഹിച്ച പാട്ടാണെങ്കിലും ഇവിടെ എന്താക്കും കൽക്ക് സ്നേഹിച്ച പാട്ടിലേക്ക് ഓർക്കം കഴിയും നോക്കണ ഇവിടെ കൊറേ കള്ളും പാത്രാലും പറയും പക്ഷെ നിങ്ങള് ചാപ്പി നിക്കുന്ന കള്ളോ ഇതൊന്നും കണ്ണും അല്ല പറയുന്ന പാട്ട് ഫൈനൽ മുസ്തമി ആ കേൾക്കുന്ന ആ നല്ലോ അവര് കേൾക്കുന്നതിന് അവർക്ക് ചുമത്തും അലാസ്തവരി അവരുടെ കല്ലിൽ എന്താണോ നേരത്തെ കൊണ്ടുപിടിച്ചത് ആ അർത്ഥത്തിന്റെ ഓർമ്മ തിരിച്ചുവിട്ടോ ഇപ്പം കണ്ണ് സാധാരണ കള്ളുന്നല്ല അത് ഒന്നുകടങ്കി അത് പാത്രത്തിൽ പണ്ടേ തുച്ച പാട്ട് കള്ളുന്നെല്ലാം ബാധിച്ചു അല്ലെങ്കിൽ വെള്ളം ചേർക്കാത്ത കള്ളങ്ങൾ പറയുന്നത് ചേങ്ങൻ്റെ ആണ് ഉദ്ദേശിക്കുന്നു അക്ബറും മജാസുകളാണ് ആ നിക്കം മാ ചായ തെക്കൊണ്ടാലിക്കാബുഷ്ത്തമ എന്ന രണ്ടാം ദിസയിലേ ആ നിന്റെ തെഹക്കേക്ക് നിശ്ച വന്നാ അടുത്ത് പറയാൻ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ബോധിക്ക് പോയി ഏത് പാട്ട് ആരോട് പറണം മോൾ ഇതാലിക്ക് കുലൈൻ ദുലൈബ് റവിയുമാന്ന് പറയുന്നത് ആരോടാ അറിയാം പത്തും ചില്ലരാളുകൾ മാത്രം ജനക്കൂട്ടം നോർത്തി വെച്ചില്ല ലക്ഷം ലക്ഷം കൂടി ആരുടെ വേണ്ടി നോക്കണം കൊടുക്കണോ ഇന്നത്തെ വാർത്തയിൽ പറയണോ ഫുലാനിന് ഫുലാൻ വരുന്നുണ്ട് ഏകറൂ ആളേറിപ്പോയെങ്കിലും എല്ലാം ഞെട്ടക്കല്ല മൂപ്പുറം ഉണ്ടൂലെന്നാവുന്നില്ല ആ അത്ര അത് ആളും മാഹലു മജലിത്തിന് കസ്തരീന മൂപ്പറ മജുലിത്തിന് ഇരുപതാളത്തേനും ഇരുപതാളത്തേന് കുറവ് ഇതിന് സാലി റവിയൻ ലാഹു എന്ന വീട്ടിലിട്ട് വലിയ ആൾക്കൂട്ടം അപ്പൊ ഓരോന്ന് പോയി പറഞ്ഞ് തക്കെല്ലാം വാ മൂപ്പർക്കും സംസാരിക്കും അസഹാബുക്കാൻ നിങ്ങളെ അസഹാബിമാരെല്ലാം എത്തിയിട്ടുണ്ട് പുറത്തുനോക്കുമ്പോഴേ കൊറേ ജനക്കൂട്ടോ ഇവരെല്ലാം എന്റെ അസഹാബിമാറാ ഇവരെ ചിലക്കി എന്താ മൂന്നു വാളാന്ന് എന്താ ബാക്കിയെല്ലാം പൊക്കുന്നോണ്ടി സ്വകാല ഓർ പറഞ്ഞില്ല ഇന്ന് സംസാരം വേണ്ട മാസാബി ഇവരൊന്നും എന്റെ അസഹാബിമാരല്ല ഇന്ന മഹും അസഹാബുൽ മജുരി മജുരി വന്ന കൂട്ടർ എന്താ അസഹാധികാരാണെന്നറിഞ്ഞോ ഒന്ന് ഹവാസ് ഹവാസുകൾ മാത്രമേ ഉള്ളൂ അതിന് ശക്തഹ പാ മാത്ത് രണ്ടെണ്ണം പറയണം ഏറ്റവും നാല് കാര്യം പറഞ്ഞിട്ടപ്പത്യം പറഞ്ഞ അസഹാരം പറഞ്ഞു ശക്തഹെ താമാത്തറപ്പറ്റി ഞാൻ പറഞ്ഞോളം പറഞ്ഞു വായന അർത്ഥം തെറ്റിച്ചിട്ട്